ഇന്നലെ ഒരാമുഖമായിട്ടും ഗീതയുടെ തത്വം എന്താണ് എന്ന് ഏകദേശം ഒന്ന് സൂചിപ്പിച്ചു ഏകദേശം പതിനാലാമത്തെ അധ്യായം വരെയുള്ള പ്രതിപാദ്യ വിഷയങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പതിനാലാമത്തെ അധ്യായം മുഖ്യമായിട്ടും ഗുണത്രയ വിഭാഗം ആണ് നമ്മളുടെ ജീവിതം മൂന്ന് ഗുണങ്ങളെ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു സത്വം രജസ് തപസ് ഈ മൂന്ന് ഗുണങ്ങളും നമ്മളിൽ ആ എല്ലാവരിലും ഉണ്ടാവും ചിലരിൽ സത്വഗുണം അധികമായിട്ടിരിക്കും പ്രിഡോമിനന്റ് ആയിട്ടിരിക്കും രജോഗുണവും തമോ ഗുണവും കുറഞ്ഞിരിക്കും ചിലരിൽ രജോഗുണം അധികമായിട്ടിരിക്കും തമസും സത്വവും കുറഞ്ഞിരിക്കും ചിലരിൽ തമസ് അധികമായിരിക്കും ഈ മൂന്ന് ഗുണങ്ങളുടെയും സ്വഭാവം നമ്മളിൽ തന്നെ നമുക്ക് കാണാം നമ്മൾ ഭഗവത്ഗീത ശ്രവിക്കുമ്പോ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രവിക്കണം ശ്രവണം മൂന്ന് വിധത്തിലാണ് വേദാന്ത ശ്രവണം മൂന്ന് നാലു വിധത്തിലാണ് ഏറ്റവും ചുവട്ടൽത്ത പടിയിലുള്ള ആളുകൾ മെനക്കെട്ട് വന്നിരുന്നു ഉറങ്ങും അതും ശ്രവണമാണ് എന്താന്ന് വെച്ചാൽ ശ്രവണായാവി ബഹുബിറിയോന ലഭ്യ ശൃണ്ോ ബി ബഹവോയംന വിദ്യുഹു േതസനോടുക്കുട്ടി ഈ വേദാന്തം ഈ ബ്രഹ്മാൻ പോലും അധികം പേർക്കും സാധ്യമല്ല ശ്രവണല ശൃവന്തോ യം വിദ്യു ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട ശ്രവിക്കുമ്പോ വേദാന്തം ശ്രവണം കൊണ്ട് തന്നെ സാക്ഷാത്കാരം ഉണ്ടാകും എന്നാണ് സാധനയൊന്നും വേണ്ട സാധനയൊക്കെ തന്നെ നമ്മളെ ശുദ്ധമാക്കാന സാക്ഷാത്കാരത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം ശ്രവണമാണ് ഭാഗവതം രണ്ടാമത്തെ ശ്ലോകത്തിലെ അതു പറയുന്നു ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണേ വാസ്തവമത്ര വസ്തുശിപദന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമുംവാ പരൈ ഈശ്വര സദ്യോ ഹൃതി അവരുദ്ധ്യത്തെ അത്ര ശുശ്രൂഷിഭിസ്തക്ഷണാത് ശുശ്രൂഷിഭിഹീന അതായത് ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് സംസാരത്തില് മൂന്ന് വിധത്തിലുള്ള ദുഃഖമാണോ ഉള്ളത് അത് ആധിഭൗതികം ആധ്യാത്മികം ആതി ദൈവികം എന്നൊക്കെ പറയും വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പുറം ലോകത്തിൽ നിന്നും ഏർപ്പെടുന്ന ദുഃഖം അതായത് മറ്റുള്ളവരിൽ നിന്നും ഏർപ്പെടുന്ന ദുഃഖം അത് പ്രകൃതിയിൽ നിന്നാവാം മറ്റുള്ള മനുഷ്യരിൽ നിന്നാവാം എങ്ങനെയോ ആവാം സ്വന്തം ശരീരത്തിൽ നിന്ന് ഏർപ്പെടുന്ന ദുഃഖം വ്യാധിയായിട്ടും മറ്റുമൊക്കെ പിന്നെ മാനസികമായി കാമം ക്രോധം ലോഭം മോഹം മുതലായ വാസനകളിൽ നിന്നും ഏർപ്പെടുന്ന ദുഃഖം കുറച്ച് ലളിതമായി മനസിലാക്കാൻ വേണ്ടി പറയുക ഈ മൂന്ന് ദുഃഖമാണ് നമുക്കുള്ളത് ആലോചിച്ചു നോക്കിയാൽ കാണാം ഇതിലെല്ലാം അടങ്ങുന്നു മറ്റുള്ളവരിൽ നിന്നും മഴ പെയ്യാത്തത് കൊണ്ടും വേനൽ ചൂടുകൊണ്ടും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവട്ടെ ഗവൺമെന്റിൽ നിന്ന് വേണമെങ്കിൽ ആവട്ടെ പുറത്തു വരുന്ന ദുഃഖം രണ്ട് നമ്മളുടെ ശരീരത്തിൽ നിന്നും തന്നെ വരുന്ന ദുഃഖം മൂന്ന് സൂക്ഷ്മമായി വാസനകളുടെ തലത്ത് വരുന്ന ദുഃഖം ഈ മൂന്ന് ദുഃഖവും നിശേഷം നീങ്ങിക്കിട്ടണം അതിനെന്താ വഴി ഇവിടെ പറയുന്നു വാസ്തവം അത്ര വസ്തു ശിവതം ശിവം തരുന്നത് ശിവധം ശിവം എന്ന് വെച്ചാൽ എന്താ മംഗളം ജ്ഞാനം പരിപൂർണം എന്നർത്ഥം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി പരിപൂർണമായി ശുദ്ധമായ ബോധമേ സ്വരൂപമായി പ്രജ്ഞയെ സ്വരൂപമായി നമ്മളുടെ ഉള്ളിൽ നിരന്തരം പ്രകാശിക്കുന്ന സത്യവസ്തുവിനെയാണ് ശിവദം എന്ന് പറഞ്ഞു ശിവം ആ ശിവത്തിനെ തരുന്നു എന്ത് ഭാഗവതം ഭാഗവതം ജ്ഞാനപ്രദീപം എന്നർത്ഥം കസ്മയേന വിഭാസിത്തോ ഭാഗവതമല്ല വേണ്ട ഗീതയാ വിഷയം എന്നാലും വിഷയമൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു ആ വസ്തു എന്നുവെച്ചാൽ ബ്രഹ്മം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആദ്യം തന്നെ ഒരു കാര്യം പറയാം മനസ്സിലാവണില്ല എന്ന് വിചാരിക്കരുത് ഉം മനസ്സിലായിട്ടില്ലെങ്കി അത്രയും നല്ലത് മനസ്സിലാവേണ്ട വിഷയം അല്ല ഇത് വിഷയമാണ് നാരായണത്വ ഭ്രാന്തൻ ഇങ്ങനെ പാടി നടക്കു മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഇപ്പൊ ഇയാൾക്ക് വെപ്പ് കുറച്ചു ദിവസം കഴിഞ്ഞാ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി അല്ല ഭ്രാന്തരെ എന്താ ഇപ്പൊ ഇത്രയും ദിവസം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പാടി ഇപ്പൊ എന്താ മനസ്സിലായത് അല്ല ഞാൻ ഇങ്ങനെ ബ്രഹ്മതത്വം വിചാരം ചെയ്യായിരുന്നു പരമാത്മതത്വം വിചാരം ചെയ്യായിരുന്നു അതാണ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഇത്രയും ദിവസം പാടി നടന്നത് എന്നിട്ടിപ്പൊ മനസ്സിലായി അല്ല അത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി എന്നുവച്ചാൽ മനസ്സിൽ ആവേണ്ടതല്ലാതെ മനസ്സുകൊണ്ട് പ്രമേയമായിട്ടുള്ള വസ്തുക്കളെയേ പിടിക്കാൻ പറ്റുള്ളൂ അപ്രമേയമായ വസ്തുവിനെ മനസ്സിന് പിടിക്കാൻ പറ്റില്ല അപ്രമേയമായ വസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാനിപ്പോ ലഡു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഉടനെ പിടിച്ചെടുക്കും ട്രെയിൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉടനെ പിടിച്ചെടുക്കും വെളുത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യും പക്ഷേ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം അവബോധം എന്നൊക്കെ പറഞ്ഞാൽ എന്തു പിടിച്ചെടുക്കും എങ്ങനെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ വേദാന്തം കേൾക്കുമ്പോ മനസ്സ് ഉറങ്ങി പോവാൻ കാരണം ഒന്നിൽ ധ്യാനിക്കും അല്ലെങ്കിൽ ഉറങ്ങും എന്താ മനസ്സിന് ഒന്നും പിടികിട്ടിയിട്ടില്ലെങ്കിൽ അത് അടുത്ത പിടി ചെയ്യുന്നത് എന്താ അതാണ് പലരും നാമജപത്തിനെയൊക്കെ ഉറക്ക ഗുളികയായിട്ട് ഉപയോഗിക്കുക രാത്രിയായ അപ്പോ മനസ്സ് അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് വിചാരിക്കേണ്ട മനസ്സിലായിട്ടില്ലെങ്കിൽ കൊഴപ്പമില്ല ഉം മനസ്സിലാവാനുള്ളതല്ല ഹൃദയത്തിലാവാനാണ് അർജുനനും ഭഗവത്ഗീത കേട്ടിട്ട് തൽക്കാലം മറന്നുപോയി നമ്മൾ മാത്രമല്ല നിങ്ങളെ ശ്രവണത്തിനൊന്നും പ്രിപ്പയർ ചെയ്യ ഗീത മുഴുവൻ കേട്ടിട്ട് മഹാഭാരതത്തിൽ ഒരു സ്ഥലത്ത് അർജുനൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അന്ന് ഉപദേശിച്ചില്ലേ അതൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ കൂടെ പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ സ്മൃതി എനിക്ക് ഇനിയൊരിക്കും ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ അന്ന് ചോദിക്കണ അർജുനൻ ഇപ്പൊ ഇല്ല അന്ന് ചോദിച്ച അർജുനൻ ശോക വിഷാദമഗ്നനായിട്ട് വേറെ ഒരു ഗതിയും ഇല്ലാതെ ഷാധിമാം പ്രപന്നം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാല് പിടിച്ച അർജുനൻ അല്ല ഇപ്പൊ ചോദിക്കണത് ഇപ്പോ വൈകുന്നേരം ശാപ്പാടൊക്കെ ഉച്ചക്ക് ശാപ്പാടൊക്കെ കഴിഞ്ഞ് ചായകൊടിയും കഴിഞ്ഞ് നടക്കുമ്പോ വെറുതെ ഒരു ഉത്സാഹത്തിന് ചോദിക്കുകയാണ് ഗീത പറഞ്ഞ ഒരു ഓന്നാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു സാധ്യമല്ല പക്ഷെ അപ്പൊ എന്റെ ഗതി എന്താ ഞാൻ ഭഗവത്ഗീത കേട്ടിട്ട് ഒക്കെ മറന്നുപോയിയല്ലോ ഭഗവാൻ പറഞ്ഞോ അർജുന സാരവില്ല ഞാൻ ഉപദേശിച്ചത് സത്യമാണ് ആ സത്യം ഒരിക്കലും നഷ്ടമാവില്ല അതിന് തന്റെ മനസിന്റെ ബലമോ ഓർമ്മയുടെ സഹായമോ ഒന്നും വേണ്ട പ്രവർത്തിക്കാൻ താൻ മറന്നു കളഞ്ഞാ പോലും അത് എപ്പോഴാണോ വേണ്ടത് അപ്പോ തന്റെ ഉള്ളിൽ ഉദിച്ച് പ്രകാശിക്കും അന്ന് ഞാൻ ഉപദേശിച്ചതുണ്ടല്ലോ അത് തന്നെ സഹിധർമ്മ സുപര്യാപ്ത ബ്രഹ്മണ പദവേദന ഞാൻ ഉപദേശിച്ചത് തന്നെ സുപര്യാപ്തമാണ് എന്തിന് ബ്രഹ്മണപദവേദന ബ്രഹ്മപദത്തിലേക്ക് തന്നെ കൊണ്ട് എത്തിക്കാനായിട്ടും ബ്രഹ്മജ്ഞാനം ഉണ്ടാവാനായിട്ടും അത് മതി ഇത് തന്നെ ഭാഗവതത്തിൽ നമ്മൾ കാണുന്നു കൃഷ്ണന്റെ തിരോധാനത്തിന് ശേഷം അർജുനൻ കുറെ കരഞ്ഞു യുധിഷ്ഠിരന്റെ മുമ്പിൽ വന്നു കരഞ്ഞു കഴിഞ്ഞു കുറച്ചങ്ങട് ദുഃഖിച്ചു കഴിഞ്ഞപ്പോ ഉള്ളിലുള്ള ശോകം അങ്ങട്ട് നീങ്ങിയപ്പോ ഉം ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഗീത ണർന്നു എന്നാണ് ഗീതം ഭഗവതാജ്ഞാനം സംഗ്രാമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭു ഉറങ്ങിക്കിടന്ന ഭഗവത്ഗീത അർജുനന്റെ ഉള്ളിൽ ഉണർന്നു അപ്പൊ നമ്മൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും വിഷമിക്കണ്ട നമുക്കൊന്നും തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ട ഭഗവാന്റെ വാണിയാണ് എന്ന് പറഞ്ഞ് കേൾക്കാം അത് ഹൃദയത്തിൽ ചെന്ന് അവിടെ കടക്കും എപ്പോ വേണോ എപ്പൊ പക്വോ ആവുന്നു അപ്പൊ പ്രകാശിക്കും നാല് തരത്തിലുള്ള ശ്രോതാക്കളാണോ പറഞ്ഞല്ലോ ആദ്യത്തെ ശ്രോതാവ് കേൾക്കും പകുതി ഉറക്കത്തിൽ കേൾക്കും രണ്ടാമത്തെ ശ്രോതാവ് ഒന്നും മനസ്സിലായില്ല എന്ന് പറയും മൂന്നാമത്തെ രണ്ടാമത്തെ ശ്രോതാവ് തെറ്റുധരിക്കും മനസ്സിലാക്കലല്ല തെറ്റുധരിക്കും മിസ് അണ്ടർസ്റ്റാൻഡിങ് വിപരീതമായിട്ട് ധരിക്കും ഇതൊക്കെ ഈ സത്വരജ സ്തമോ ഗുണങ്ങളുടെ കുഴപ്പവാ മൂന്നാമത്തെ ശ്രോതാവ് മനസ്സിലാക്കും നാലാമത്തെ ശ്രോതാവ് കേൾക്കുമ്പോ തന്നെ അനുഭവിക്കും കേൾക്കുമ്പോ തന്നെ അനുഭൂതിയോടുകൂടെ ശ്രവിക്കും അനുഭൂതിയോടു കൂടെ ഉള്ള ഇങ്ങനെ നാല് തരത്തിലുള്ള ശ്രോതാക്കളാണ് നമുക്കുള്ളത് അപ്പോ ബ്രഹ്മതത്വം നമുക്ക് ശ്രവണം കൊണ്ട് തന്നെ വേണം തെളിയാൻ സത്സംഗമല്ലാതെ വേറെ ഒരു ഗതിയില്ല ശ്രവണം കൊണ്ട് പതുക്കെ ഒരു ആന്തരശ്രവണം ഉണ്ടായിത്തുടങ്ങും പുറമേ ആരും പറയാനില്ലെങ്കിൽ പോലും നമ്മൾ ശ്രവിക്കും ആദ്യം പുറമേ ഒരാള് പറഞ്ഞു കേട്ട് ശ്രവിക്കും പിന്നീട് അകത്ത് ശ്രവിച്ചു തുടങ്ങും അകത്ത് ഉള്ള ശ്രവണം നടന്നു തുടങ്ങും ഉള്ളില് ഉം തമിഴിലൊരു സിദ്ധൻ പാടി ഉള്ളിലിരുന്ന ആള് വർത്തമാനം പറഞ്ഞു എങ്ങനെയാ വർത്തമാനം പറഞ്ഞതെന്ന് വെച്ചാൽ കാര്യം പേശിൻ തോഴി എന്നാണ് ഏത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലയോ അങ്ങനെയുള്ളത് ഉള്ളിൽ നിന്നും പറഞ്ഞു എന്നാണ് ഉള്ളിൽ നിന്നും അനുഭൂതിയുടെ വചസ് ഞാൻ കേട്ടു എന്നാണ് അപ്പോ നമ്മൾ പക്വപ്പെടാൻ ആദ്യം ശ്രവണം ചെവി കൊണ്ട് ഈ ബ്രഹ്മതത്വം ഉള്ളിലേക്ക് ഇറക്കുന്നു അനുഭൂതി മണ്ഡലത്തിലേക്ക് പതുക്കെ ഇറക്കി വിടാണ് ആകട്ടെ അപ്പോ പതിനാലാമത്തെ അധ്യായത്തിൽ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളെ ഭഗവാൻ പറഞ്ഞു നമ്മളിൽ തന്നെ ഈ നാലു മൂന്ന് ഗുണങ്ങളും കാണും സത്വഗുണമുള്ളപ്പോ നമുക്ക് ഭക്തി ഉണ്ടാവും ധ്യാനിക്കണമെന്ന് തോന്നും മനസ്സ് ശാന്തമായിരിക്കും എല്ലാരോടും സ്നേഹം തോന്നും ഇങ്ങനെ ഒരു മൂഡ് രജോ ഗുണമുള്ളപ്പോ പ്രവൃത്തി എടുക്കണം തോന്നും ചിലപ്പോൾ ദേഷ്യം വരും അടങ്ങിയിരിക്കാനേ പറ്റില്ല ശപലമായിട്ടിരിക്കും തമോ ഗുണമാണെങ്കിലും ഉറക്കം തൂങ്ങി പ്രമാദോ പ്രമാദ ആലസ്യ നിദ്ര പ്രമാദം എന്ന് വെച്ചാൽ അതിന്റെ മുഖ്യ ലക്ഷണം പ്രമാദത്തിന്റെ മുഖ്യ ലക്ഷണം ഒന്നും ഉള്ളില് കയറില്ല ഇങ്ങനെയിരിക്കും ഭഗവത്ഗീത കേട്ടുകൊണ്ട് ഒന്നും അകത്തേക്ക് കയറില്ല ശ്രവിക്കാൻ സാധ്യമല്ല തമസലുള്ളപ്പോ അപ്പൊ തമസ് രജസ് സത്വം ഇവരും മൂന്ന് പേരും ആത്മാവിനെ മറയ്ക്കുന്നു നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ മറച്ചു കളയുന്നു ഒരു മേഘം സൂര്യനെ മറയ്ക്കണ പോലെ ഈ മൂന്ന് ഗുണങ്ങളും ഒരേപോലെ മറക്കാണ് രാമകൃഷ്ണപരമം സരിദിന ഒരു കഥ പറയും മൂന്ന് കള്ളന്മാര് കാട്ടിലൂടെ പോകുന്ന ഒരു വ്യാപാരിയെ പിടിച്ചു പിടിച്ചു കെട്ടിയിട്ടു അതിൽ ഒരാള് കെട്ടിയിട്ടു ഒരാള് നല്ലവണ്ണ അടിച്ചു ഒരാള് വളരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടു നിന്നു പാവം ഇത്രയധികം ഇയാളെ തല്ലുന്നുവല്ലോ എന്ന് പറഞ്ഞു കെട്ടിയിട്ടിട്ട് അവിടെ പോയി മൂന്നുപേരും പോയി അതിൽ ഒരാള് തിരിച്ചു വന്ന് ഇയാളുടെ കെട്ടഴിച്ചു വിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി കാട്ടിന്റെ ബൗണ്ടറി ഗ്രാമത്തിന്റെ അരികു വരെ കൊണ്ടുചെന്നാക്കിട്ട് ആ ഗ്രാമം കാണുന്നു പോയിക്കൊള്ളൂ പറഞ്ഞു അപ്പൊ ഈ വ്യാപാരി താങ്കൾ എനിക്ക് ഇത്രയധികം ഉപകാരം ചെയ്തുവല്ലോ താങ്കളും എന്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഞാനും കള്ളനാണ് നല്ലവനാണെങ്കിലും ഞാനും കള്ളനാണ് എനിക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല ഇതാണ് സത്വഗുണം സത്വഗുണം നമ്മളെ ബന്ധനത്തിൽ നിന്ന് പതുക്കെ വിമുക്തമാക്കും എങ്ങനെ സത്വാത് സഞ്ചായത്തെ ജ്ഞാനം സത്വത്തിൽ നിന്നും ജ്ഞാനം ഉദിക്കുന്നു അതുകൊണ്ട് ബന്ധത്തിൽ നിന്ന് വിമുക്തമാക്കും രജോ ഗുണം ബന്ധിക്കും തമോ ഗുണം അതാണ് ഈ അടിക്കൽ പക്ഷെ സത്വം മാത്രമായിട്ട് ഒരിക്കലും ഒരാളിൽ നിൽക്കില്ല അതുകൊണ്ടാണ് അതിനെയും കള്ളനായിട്ട് കണക്കാക്കിയത് സത്വം ഉണ്ടോ രജസും തമസും കൂടെ ഏറ്റുവാങ്ങിയേ പറ്റൂ കുറച്ചെങ്കിലും രജോ ഗുണമുണ്ടോ മറ്റു രണ്ടും ഉണ്ടാവും ഏതെങ്കിലും ഒരു ഗുണം മാത്രമായിട്ട് നിൽക്കുകയേ ഇല്ല ചിലരെ സത്വഗുണപ്രധാനികളായിരിക്കും ചിലര് രജോഗുണപ്രധാനികളായിരിക്കും ചിലര് തമോ ഗുണപ്രധാനികളായിരിക്കും അത് അവരുടെ രൂപം കണ്ടാത്താനെ മനസ്സിലാക്കാം അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു രൂപം കണ്ടാൽ തന്നെ മനസ്സിലാക്കും അതെങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കണവരെയൊക്കെ ഒപ്പം നോക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട ആരും അവരവരെ നോക്കില്ല കണ്ണാടി എടുത്ത് നോക്കില്ല അടുത്തിരിക്കണവരെയൊക്കെ നോക്കി മറ്റുള്ളവരെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും അപ്പോ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെയും പ്രവൃത്തി നമ്മളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് നമ്മള് സാത്വികന്മാരാണെങ്കിൽ പോലും മറ്റു രണ്ടും നമ്മളിൽ ഉണ്ടാവും നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ ഈ മൂന്ന് ഗുണങ്ങളുടെയും പ്രവൃത്തി നമ്മളിൽ കാണാം നോക്കണം ഇതൊന്നും ഫിലോസഫി അല്ല നമ്മളുടെ ദൈനംദിന അനുഭവമാണ് ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഉഷാറായിട്ടിരിക്കും ഉത്സാഹമായിട്ടിരിക്കും തെളിവ് ശാന്തി സത്വത്തിന്റെ ഉദ്രേകം അത് കഴിഞ്ഞാൽ ഒരു തരം റെസ്റ്റ്ലെസ്നെസ് വെടച്ചൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചീത്ത തോന്നും ദേശീയ പഠനം തോന്നും രജോ ഗുണം അത് കഴിഞ്ഞാലോ ഒന്നിനും വഹിക്കാതെ ഒരു ഉത്സാഹവും ഇല്ലാതെ ഉറക്കം തൂങ്ങി വയ്യാവാതിരിക്കും ഇത് തമോ ഗുണം സാധകന്മാരിൽ ചിലപ്പോ ഓരോ കാലത്തിൽ ഓരോ ഗുണം പ്രിഡോമിനൻ്റ് ആവും ചിലപ്പോ കുറച്ചു ദിവസത്തേക്ക് ധ്യാനവും ജപവും ജ്ഞാന സത്സംഗവും ഒക്കെ ആയിട്ട് കഴിയും കുറച്ച് ദിവസത്തേക്ക് അവര് പറയും ഒന്നും സ്വാമി കുറച്ചു ദിവസം ധ്യാനവും നല്ല സുഖമായിട്ടിരുന്നു ഇപ്പൊ ഒക്കെ പോയി ആകെ പാട വരണ്ട് മനസ്സ് ശൂന്യമായിട്ടിരിക്കണോന്ന് പറയും തമസിന്റെയോ രജോ ഒക്കെ പ്രിഡോമിനൻസ് ആണ് പക്ഷെ ഒന്നും നിലക്കില്ല ഇത് വന്നാൽ ഇത് പോകും ഇത് കഴിഞ്ഞാൽ അടുത്തത് വരും ഇങ്ങനെ പോയും വന്നും കൊണ്ടിരിക്കും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അതിൽ ഏതൊന്നും യാതൊന്നും നിൽക്കില്ല അപ്പൊ എന്താ സത്വഗുണത്തിനെ ആശ്രയിച്ച് സത്വത്തിനെ വളർത്തിക്കൊള്ളാം പക്ഷെ സത്വത്തിൽ മാത്രമായിട്ട് നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സത്വഗുണത്തിനെ ആശ്രയിച്ച് ബ്രഹ്മതത്വം കേട്ട് തെളിവാക്കൂന്ന് ഗുണങ്ങളെയും കടന്നു പോവുക മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറം പോകണം അപ്പൊ അർജുനൻ ചോദിച്ചു ഭഗവാനെ ഈ മൂന്ന് ഗുണങ്ങളെയും കടന്നു ആൾ എങ്ങനെ ഉണ്ടാവും അയാളുടെ ലക്ഷണം എന്താ നമ്മള് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗം കാണുകയാണെ വളരെ പ്രായോഗികമായി ഉപയോഗപ്പെടുന്നത് കൊണ്ട് അത് എടുത്തു അത്രേ ഉള്ളൂ മൂന്ന് ഗുണങ്ങളെയും കടന്നുപോയവന്റെ ലക്ഷണം എന്താണ് കൈ ലിംഗൈ ഹി ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ മൂന്ന് ഗുണങ്ങളെയും കടന്നവന്റെ ലിംഗം ലക്ഷണം എന്താണ് എങ്ങനെ കടന്നു ഹൗ ടു ട്രാൻസെൻഡ് ഗോ ബിയോണ്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതിന് മനോഹരമായി മൂന്ന് പേര് കൊടുത്തു ഭഗവാൻ സത്വവും രജസ തമസം എന്ന് പറഞ്ഞില്ല പ്രകാശം പ്രവൃത്തി മോഹം എന്ന് പറഞ്ഞു ഇതാണ് മൂന്നിന്റെയും ലക്ഷണത്തോടുകൂടെ തന്നെ പേര് കൊടുത്തു സത്വവും ഉള്ളപ്പോ പ്രകാശം ശരീരത്തിലൊക്കെ തന്നെ ഒരു തേജസ്സം ഉണ്ടാവും കണ്ണിലൊരു തെളിച്ചം ഉണ്ടാവും ഇത് പ്രകാശത്തിന്റെ ആവിർഭാവമാണ് പ്രവൃത്തി രജസിന്റെയോ പ്രവൃത്തിയാണ് അവര് വർക്ക് ഹോളിക് ആയിട്ടിരിക്കും ഒരു മിനിറ്റ് അവരെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റിയാണ് രജോഗത്തിന്റെ ലക്ഷണമാണ് തമസോ മോഹം മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം ഉം ശരീരാഭിമാനം സ്ഥൂല ബുദ്ധി ഒന്നും പിടികിട്ടില്ല ഇത് തമസിന്റെ ലക്ഷണമാണ് അവരോട് വേദാന്തമൊന്നും പറഞ്ഞാ പറ്റില്ല ഒരിക്കലും ഒരാൾക്ക് വേദാന്തം പറഞ്ഞു കൊടുത്തപ്പോ രജു സർപ്പന്യായം കയറിനെ കണ്ടു പാമ്പായിട്ട് ധരിച്ചു എന്ന് പറഞ്ഞ പാമ്പ് വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയപ്പോ പാമ്പില്ല കയറേ ഉള്ളൂ അപ്പൊ എല്ലാം കേട്ട് ശ്രദ്ധയോട് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ സ്വാമി ബ്രഹ്മം എന്ന് വെച്ചാൽ കയറാണല്ലേ എന്തു പറയാൻ പറ്റും അപ്പോ മോഹം എന്നാണ് അത് പിടികിട്ടില്ല തെളിയില്ല അപ്പൊ സത്വം രജസ് തമസ് ഇതിനെ മൂന്നിനെയും ഗുണാതീതൻ എങ്ങനെ കാണുന്നു ഗുണാതീതന്റെ ലക്ഷണം അയാള് മനസ്സിൽ നിന്ന് വിട്ടു പഠിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യത്തെ പടി എന്താന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ കണ്ടു തുടങ്ങണോന്ന് അർത്ഥം നമ്മൾ തന്നെ പറയാറുണ്ട് രണ്ടുപേര് തമ്മിൽ ദേഷ്യപ്പെടുമ്പോ വേണ്ടാട്ടോ എനിക്ക് ദേഷ്യം വരണു എന്ന് പറയും അപ്പോ ദേഷ്യം വരണു എന്നുള്ളത് അറിയണു അല്ലേ അതൊക്കെ ഉള്ളിൽ പൊന്തി വരുന്നത് അറിയുന്നുണ്ട് പിന്നെ അത് പുറപ്പെട്ട് വന്നു പിന്നെ കഴിഞ്ഞു അതിലേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ സ്ഫോടനമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും പക്ഷെ അത് മുമ്പ് വരുമ്പോ ഈ മൈക്കിനെ കാണുന്ന പോലെ ഉള്ളില് ആ ക്രോധം എന്ന വികാരത്തിനെ കാണാൻ കഴിയണം ക്രോധം മാത്രമല്ല എന്തും ഏത് ചിത്തവൃത്തിയും ഏത് വികാരത്തിനെയും സാക്ഷിയായി നിന്ന് വിട്ടുനിന്ന് കാണാനുള്ള ശക്തി അപ്പോ വിട്ടുനിന്ന് മാറി നിന്ന് കാണാനുള്ള ശക്തി അത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും യു ആർ കോൺഷ്യസ് ഇതിനെ രമണ മഹർഷി പറയുന്ന വഴി ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ഇത് ആർക്ക് എന്ന് ചോദിക്കാം ദേഷ്യം വരുമ്പോ ഉടനെ ദേഷ്യപ്പെടണം എന്ന് തോന്നും അടിക്കണം തോന്നും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണം തോന്നും അപ്പോ തനിച്ച് പോയി ഇരിക്കാം ക്രോധം ഇങ്ങനെ പൊന്തി നമ്മൾ എന്തിയും ഒന്നില് പുറമേക്ക് അതിനെ വിടും അല്ലെങ്കിൽ അകമേക്ക് അമർത്തി വെക്കും അല്ലെ എക്സ്പ്രസ് ഓർ സപ്രസ് എക്സ്പ്രഷൻ സപ്രഷൻ എക്സ്പ്രസ് ചെയ്താൽ പുറമേക്കുള്ളവർക്ക് ദ്രോഹം അടക്കി വെച്ചാൽ നമുക്ക് ദ്രോഹം നമുക്ക് എന്താവും വെച്ചാൽ കോപമൊക്കെ അടക്കി കഴിഞ്ഞാൽ വയറ് കേടുവരും നോക്കിക്കൊള്ളാം എന്ന് നിങ്ങൾ ദേഷ്യത്തിനെ അടക്കിയോ അന്ന് നാഭി ആണ് മുഖ്യമായിട്ട് വയറുകടുവരും ഡൈജസ്റ്റ് ആവില്ല രക്തത്തിലൊക്കെ വിഷം കലരും അപ്പൊ അടക്കിയാ നമുക്ക് ദൂഷ്യം അപ്പൊ എന്ത് വേണം പരമശിവനെ പോലെ പുറമേക്കും വിടാതെ അകമേക്കും എടുക്കാതെ നിർത്തണം കണ്ടത്തോടെ അതിനെന്താ വഴി അതിനെങ്ങനെ വിട്ടുനിന്ന് കാണുക വിട്ടുനിന്ന് കാണാൻ കഴിയണം ഓരോ ചിത്തവൃത്തിയെയും വിട്ടുനിന്ന് കാണാൻ രമണ മഹർഷി പറയുന്ന ഈ ചിത്തവൃത്തികൾ പൊന്തുമ്പോ ഈ ചിത്തവൃത്തികൾ ആർക്കാണ് ഉണ്ടാവണത് എന്ന് കണക്കാക്കാം ചിത്തവൃത്തിക്ക് പ്രാമുഖ്യം കൊടുക്കാതിരിക്കും ചിത്തവൃത്തിയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് ചിത്തവൃത്തികളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മള് മനസ്സ് എന്ന് പറയണത് അല്ലാതെ മനസ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ ഈ ചിത്തവൃത്തികൾ പൊന്തുമ്പോ ഈ ചിത്തവൃത്തികൾ ആർക്ക് വരുന്നു എനിക്ക് വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു അയാൾ എന്നെ പറഞ്ഞു അല്ലെ അഹം ചലനം നമുക്ക് നമ്മളുടെ ഉള്ളിൽ കാണാം അഹങ്കാരത്തിന്റെ ചലനം കാണാം ഉള്ളിൽ ഇങ്ങനെ ഈ അഹങ്കാരം എല്ലാ വികാരത്തിന്റെയും കൂടെ പെണഞ്ഞുകിടക്കണം മനസ് എന്ന് പറയുന്ന ഒരു തുണിയിൽ നൂല് പോലെ മനസ്സിൽ മുഴുവൻ അഹങ്കാര വൃത്തി പെണഞ്ഞുകിടക്കും ഊടും പാവുമായി നിറഞ്ഞു കിടക്കും അപ്പൊ ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ഈ ചിത്തവൃത്തി ആർക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ന് തോന്നും എനിക്ക് എന്ന് തോന്നുമ്പോ ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്നത് എന്താണ് ഇത് എവിടെ നിന്ന് പൊന്തുണു ഇതിന്റെ സ്വരൂപം എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം അത് എവിടെ ഉദിച്ചുവോ അവിടെ തന്നെ ലയിക്കും ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും അപ്പൊ എന്താവും ദാറ്റ് എനർജി വിൽ ബി കൺസെർവഡ് കോപമായിട്ട് പൊന്തി വന്ന ഊർജം അതങ്ങനെ തന്നെ ഹൃദയത്തില് ലയിക്കും ഇതിനാണ് ന്യാസം എന്ന് പറയുന്നത് ലഘുന്യാസം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ലഘുന്യാസത്തിന്റെ പ്രയോജനം ഇതാണ് അമൃതം ബ്രഹ്മണി വി സ്ലോലി ഇന്ദ്രിയങ്ങളിൽ വികാരത്തിനെ നിർത്തുന്നു അതിനെ മനസ്സിൽ നിർത്തുന്നു മനസ്സിനെ ഹൃദയത്തിൽ നിർത്തുന്നു ഉള്ളിലേക്കെടുക്കും സ്വരൂപത്തിലേക്ക് എടുക്കും സ്വരൂപത്തിൽ അതൊക്കെ തന്നെ ഹോമിക്കപ്പെടുന്നു എന്നാണ് അപ്പോ സാക്ഷിഭാവം പതുക്കെ പതുക്കെ എന്തു വികാരം വന്നാലും ഞാൻ സാക്ഷി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കും ആ അവസ്ഥയിൽ പ്രകാശം ചെ പ്രവൃത്തിവച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നീവൃത്താനി കാംഷതി ലക്ഷണം പറയുന്നത് ഭഗവാൻ ചിലപ്പോൾ സത്വഗുണം ഉണ്ടാവുമ്പോ നല്ല ധ്യാനവും അല്ലെങ്കിൽ ഭക്തിയും നല്ല വികാരവും ഒക്കെ വരുമ്പോ അതിൽ ആയി പോവും നമ്മൾ എന്നിട്ട് അടുത്ത ദിവസവും അത് വരുവോ എന്ന് കാത്തിരിക്കും അതിൽ രസാസ്വാദനം ഒരു രസം ആസ്വദിച്ച് ആസ്വദിച്ച് അത് നീ കിട്ടിയിട്ടില്ലെങ്കിൽ കരയും ആ ഒരു വികാരം ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ കരയും അപ്പൊ സത്വഗുണം സത്വഗുണത്തിനും നമ്മൾ ഒട്ടിപ്പോകും ഒട്ടിപ്പോയിട്ട് സത്വം നഷ്ടപ്പെടുമ്പോ വിരഹ സത്വം എല്ലാവർക്കും വേണം സുഖിപ്പിക്കുന്നത് കൊണ്ട് സുഖസങ്കേന ഭദ്രാധീന സുഖസംഘം സത്വത്തിൽ അപ്പൊ എന്താവുന്നു അത് വേണം എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അത് ഓടി പോവും നഷ്ടപ്പെട്ടു പോവും രണ്ടാമത് രജസ് തമസ് രജസിനെയും ചിലര് കാക്ഷിക്കും തമസ് വരാൻ പാടില്ല എന്ന് വിചാരിക്കും ഗുണാതീതൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ സാക്ഷി മാത്രമായി നിന്നുകൊണ്ട് സത്വഗുണം വരുമ്പോഴും അതിനോട് ആസക്തി ഇല്ല രജസോ തമസോ വരുമ്പോ അതിനോട് വെറുപ്പുമില്ല നദ്വേഷ്ടി സംപ്രവൃത്താനി നീവൃത്താനി കംശതി ഓഹ് ഇത് വന്നിരിക്കുന്നു ഇപ്പൊ തമോ ഗുണം ഇത് പോകണം എന്നില്ല സാക്ഷിയായിട്ട് നിന്നുകൊണ്ടിരിക്കും എല്ലാറ്റിലും വിട്ടുനിന്നുകൊണ്ടിരിക്കും സാക്ഷിയായി ഇത് നമ്മൾ പിന്നീട് കാണാം പതുക്കെ ഇതിന്റെ മാർഗം അപ്പൊ എന്താവുന്നു ഈ ഗുണങ്ങൾ ഇവനെ ബാധിക്കാതെ പതുക്കെ ഗുണങ്ങൾ ഇവന്റെ മേലെ ഇരിക്കുന്ന സ്വാധീനം കുറഞ്ഞു വരും മനസ്സിന് ഉദാസീനനായിട്ടിരിക്കും സുഖം വരട്ടെ ദുഃഖം വരട്ടെ സമഭാവം ജയം വരട്ടെ പരാജയം വരട്ടെ സമഭാവം സമലോഷ്ട ഒരു മണ്ണാങ്കട്ടയായാലും സ്വർണമായാലും എന്തു തന്നെ ആയാലും ഒക്കെ സമഭാവം അഭിമ മാനത്തിലും അപമാനത്തിലും സമഭാവം ഈ സമത്വം ഏർപ്പെട്ടാൽ ഈ സമത്വം തന്നെ യോഗസ്ഥിതി ഇത് തന്നെ സാക്ഷാത്കാര അതൊക്കെ നമുക്കൊക്കെ വരുമോ പരിശ്രമിച്ചു നോക്കൂ പരിശ്രമിച്ചിട്ടും വന്നിട്ടില്ലെങ്കിലോ അതിന് ഭഗവാൻ ആദ്യം സ്വപരിശ്രമത്തിന് പറഞ്ഞു എന്താ ഈ മൂന്ന് ഗുണങ്ങളും വരുമ്പ സാക്ഷിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു ഓ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സഗുണാൻ സമതീത്തേതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ ഈ മൂന്ന് ഗുണങ്ങളെയും സ്വശക്തി കൊണ്ട് തരണം ചെയ്യാൻ പറ്റില്ല ഒരു ലിമിറ്റിന് മേലെ ഒരു ലിമിറ്റ് വരെയൊക്കെ നമ്മൾ വിട്ടു നിൽക്കും കഴിഞ്ഞാൽ ഈ വിട്ടു നിൽക്കുന്ന ആളവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ അഹംകൃതി അവിടുന്ന് പോവാതെ നിൽക്കും വ്യക്തിബോധം അപ്പൊ എന്ത് ചെയ്യും ആ ഘട്ടത്തിൽ അതിനു പുറകിലുള്ള അഖണ്ഡ ചൈതന്യത്തിന് ശരണാഗതി സർവേശ്വരന് ശരണാഗതി അവിടെ ഭഗവാന് സർവവും അർപ്പിക്കും നമ്മളെ തന്നെ പരിപൂർണമായി അർപ്പിച്ചാൽ ഭഗവാൻ പറയുന്നു മൂന്ന് ഗുണങ്ങളെയും കടന്ന് അവര് ത്രിഗുണാതീതന്മാരായി സ്ഥിതിയിൽ നിൽക്കും സ്വരൂപ സ്ഥിതിയിൽ നിൽക്കും എല്ലാ ദുഃഖങ്ങളും കടന്ന് സാക്ഷാത്കാര സ്ഥിതിയിൽ നിൽക്കും എന്ന് ബ്രഹ്മഭൂയായ ബ്രഹ്മത്തിനെ അറിയുക എന്ന് വെച്ചാൽ ബ്രഹ്മമായി തീരുക എന്നർത്ഥം അല്ലാതെ ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ എന്നൊരാള് മാറി നിൽക്കാൻ സാധ്യമല്ല സ്വയമേവ സമുദ്രത്തിൽ ചെന്ന് നദികൾ ലയിക്കുന്നു പിന്നീടോ സമുദ്രത്തിൽ ലയിച്ച നദി എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ കഴിഞ്ഞു അല്ലെ ചേർന്ന് ചേർന്ന് കഴിഞ്ഞാൽ യഥാ നദ്യഹം സ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗന്തി വിഹായ വിമുക്ത പരാത്പരം പുരുഷമുപീതി ദിവ്യം പുരുഷോത്തമനിൽ ഉള്ള പരിപൂർണമായ വ്യക്തിബോധത്തിന്റെ ലയത്തിനെയാണ് ഉപനിഷത് ശ്രുതി പറയുന്നത് നദികളൊക്കെ ചെന്ന് സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ ഗംഗ യമുന കാവേരി പല പേരുകളുണ്ട് സമുദ്രത്തിൽ ചെല്ലുന്നവര് ചെന്ന് ചേർന്ന് കഴിഞ്ഞാലോ ലയിച്ചു കഴിഞ്ഞാലോ ഇത് ഗംഗയാണെന്നോ യമുനയാണെന്നോ കാവേരിയാണെന്നോ നർമ്മദയാണെന്നോ ഒന്നും പിരിച്ചു നിർത്താൻ സാധ്യമല്ല അവിടെ സമുദ്രം മാത്രമേ ഉള്ളൂ അതുപോലെ അനന്തമായ ആ ആനന്ദ ഭഗവത് സ്വരൂപാനന്ദ സമുദ്രത്തില് ലയിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അഖണ്ഡ ബോധസ്വരൂപമായ സത്യമാണ് താൻ എന്ന് ഉണർന്നു കഴിഞ്ഞാൽ ശരീരം ഉള്ളപ്പോ തന്നെ ആ ഉണർവ് സാധിക്കുമെങ്കിൽ ഉണർന്നാൽ ശരീരം ഉള്ളപ്പോ തന്നെ അയാൾക്ക് തന്റെ വ്യക്തിത്വം പോയി പോകുന്നു പുറമേക്കൊക്കെ കാണുമ്പോ അതേപോലെ ഉണ്ടാവും പക്ഷെ അകമേക്ക് അഹങ്കൃതി പോയി പോകുന്നു ഇതിന് ഒരു ഉദാഹരണം പറയും നിങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക എന്നറിയില്ല പാലക്കാടൊക്കെ വിളാരങ്ങ എന്ന് പറയും വിളാമ്പഴം അതിനെന്താ പറയുക ഇവിടെ ഏ വിളാങ്ങ വിളാങ്ക തമിഴ് ഇവിടെ എന്താ പറയാ ഇത് കവി കല്പനയായിരിക്കാം ചെലപ്പോ ആന വിഴുങ്ങു എത്ര ആന വിഴുങ്ങിയിട്ട് വിസർജനം ചെയ്യും വിസർജനം ചെയ്താൽ അത് അതേപോലെ ഉണ്ടാവും എന്നാണ് അതേപോലെ ഉണ്ടാവും പക്ഷെ പൊളിച്ചു നോക്കിയാൽ ഉള്ളിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടോ ആന വിഴുങ്ങി വിസർജനം ചെയ്ത് ചിലപ്പോ കവി കല്പനയായിരിക്കാം ഇത് എന്താണെന്നറിയില്ല ആന വിഴുങ്ങി വിസർജനം ചെയ്യുമ്പോ ഈ വിളാമ്പഴം അതേപോലെ പുറമേക്ക് കണ്ട അതേപോലെ ഉണ്ടാകും അകമേക്ക് നോക്കിയാൽ ഒന്നും കാണില്ല ഉള്ളിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടാവും ഇതുപോലെയാണ് സാക്ഷാത്കാരം നേടിയ ജ്ഞാനികളും പുറമേക്ക് നോക്കിയാൽ നമുക്ക് ഒരു വ്യത്യാസമില്ല നമ്മളെ പോലെ തന്നെ അവരും ആർക്കും മനസ്സിലാക്കാനും സാധ്യമല്ല അതിന് മണത്തറിയാനുള്ള ശക്തി ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഭഗവാൻ നമ്മുടെ മഹർഷിയും പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്ക അന്നത്തെ എന്താ ഫോർത്ത് ഫോറമോ എന്തൊക്കെ പറയുവല്ലോ മധുരയില് പതിനേഴാമത്തെ വയസ്സ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചെറിയച്ഛന്റെ വീട്ടിൽ മുകളിൽ തനിക്ക് പെട്ടെന്ന് മരണം വരാൻ പോകുന്നു എന്നൊരു ഭയം പിടികൂടി തനിക്ക് മൃത്യു മരണം വരാൻ പോകുന്നു ഒരു പേടി ആരോടും ചെന്ന് ചോദിക്കണം എന്ന് തോന്നിയില്ല വ്യാധി ഒന്നും ഉള്ളതായിട്ടും തോന്നിയില്ല പ്രബലമായിട്ട് ആ ഭയം മുമ്പിൽ നിൽക്കുക ഇങ്ങനെ അദ്ദേഹം എന്തു വാതിലും ഒക്കെ അടഞ്ഞ് നിവർന്ന് കിടന്നു വേദാന്തമോ ഭഗവത്ഗീതയോ ഒന്നും കേട്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം പിന്നീട് പറയും ബ്രഹ്മം എന്ന വാക്ക് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എന്റെ ബാക്കിയുള്ളത് ബ്രഹ്മം എന്ന് പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ നീണ്ടു നിവർന്ന് കിടന്നു മരണം വന്നിരിക്കുന്നു ഇതാ ഇപ്പൊ ഈ ശരീരം മരിക്കാൻ പോകുന്നു ഈ ശരീരം മരിച്ച് ജഡമായാൽ ഇതിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കും ചുട്ടു ഈ ശരീരം എരിഞ്ഞു ഇതൊക്കെ അനുഭവമാണ് എരിഞ്ഞു പോകുന്നത് ഈ ശരീരം കത്തിപ്പോകുമ്പോ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ ഈ ശരീരം ചാരമായി തീരുമ്പോ ഒരുപിടി ചാരമായി എരിഞ്ഞു പോകുമ്പോ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ എന്നൊരു ചോദ്യം പ്രബലമായിട്ട് ഉള്ളിൽ ഉദിച്ചു ഈ ശരീരം ഞാനല്ല ഈ ശരീരത്തിൽ നിന്ന് അന്യമായി സുവ്യക്തമായിട്ട് എന്റെ വ്യക്തിബോധം അതിന്റെ ധ്വനി പോലും അഹം അഹം അഹം എന്ന് കേൾക്കാൻ കഴിയുന്നു ഫുരണ ആ സ്ഫുരണ ഉള്ളിലെ ശ്രവിക്കാൻ സാധിക്കണുണ്ട് അപ്പോ ഈ ദേഹം ഞാനല്ല ഈ ദേഹം എരിച്ചു കളയുമ്പോഴും ഈ ഞാൻ എന്നുള്ളത് സുവ്യക്തമായിട്ട് മാറി നിൽക്കണം അപ്പൊ ഈ ഞാൻ ആരാണ് എന്ന് ആഴ്ന്ന അന്വേഷിച്ചു ഉള്ളിലുള്ള ജ്ഞാനമാകുന്ന അഗ്നി ആ മനസ്സിനെ പൂർണമായിട്ട് ശമിപ്പിച്ചു കളഞ്ഞു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഈ അനുഭവം അത് കഴിഞ്ഞതോടുകൂടെ അദ്ദേഹത്തിന്റെ മരണഭയം എന്നേക്കുമായി അദ്ദേഹത്തിനെ വിട്ടുപോയി ആള് മാറി ആളങ്ങട്ട് മാറി എന്നുവെച്ചാൽ ഇരുമ്പ് സ്വർണമാകണ പോലെ ഈ ഒരു പുഴു പൂമ്പാത്തിയായി മാറുന്ന പോലെ ഒരു ഭ്രമരം കീട്ടം ഭ്രമരമായിട്ട് മാറുന്ന പോലെ ആളങ്ങട്ട് മാറി ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആള് മാറിയെന്ന് വെച്ചാൽ ഉള്ളിലുള്ള വ്യക്തിബോധം അവിടെ അസ്തമിച്ചു പരിപൂർണ ചിദ്വസ്തു അനന്തമായ ബോധവസ്തു പ്രകാശിച്ചു പക്ഷെ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഇതിനുശേഷം ഒന്നര മാസത്തോളം അദ്ദേഹം സ്കൂളിലേക്ക് പോയിട്ട് വന്നുകൊണ്ടിരുന്നു നമ്മൾ രമണ മഹർഷി എന്ന് വിളിക്കുന്നുവോ അദ്ദേഹം അപ്പതന്നെ ഉണ്ടായിക്കഴിച്ചു അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു അതിനുശേഷം ഞാൻ ഒരു തപസും ചെയ്തിട്ടില്ലാന്ന് ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു ധ്യാനിക്കുകയാണോന്ന് പറഞ്ഞു വർത്തമാനം പറയാതിരുന്നത് കൊണ്ട് മൗനമാണോ എന്ന് പറഞ്ഞു പക്ഷെ ഞാനായിട്ട് ഒരു തപസം ചെയ്തില്ല ഒരു കാര്യവും ഉണ്ടായില്ല പുറമേക്ക് തപസ്സു പോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തോന്നി അത്രയുള്ളൂ തിരുവണ്ണാമലെ വന്ന ശേഷം അവിടെ തിരുവണ്ണാമലയിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഒന്നര മാസം സ്കൂളിൽ പോയിട്ട് വന്നുകൊണ്ടിരുന്നു പിന്നീടാണ് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ചര്യകളൊക്കെ മാറിപ്പോയി ഒന്നും പഠിക്കാനൊന്നും ഇഷ്ടമില്ല ഒന്നിലും രുചിയില്ല കണ്ണടച്ചെങ്ങനെ നിശ്ചലനായിട്ടിരിക്കും വീട്ടില് ഏട്ടനെങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി ദാ യോഗീശ്വരം വരുന്നു സന്യാസി വരുന്നു സന്യാസികളെ പോലെ കാട്ടിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കും ഒരു ദിവസം സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതാൻ കൊടുത്തു അത് കുറച്ച് എഴുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കണ്ണടച്ച അങ്ങനെ ഇരുന്നു എന്താന്ന് വെച്ചാൽ ഈ അനുഭൂതി ഉള്ളിൽ സ്ഫുരിച്ചു മനസ് പ്രവർത്തിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ പോലും പ്രവർത്തിക്കില്ല അല്ലാതെ മനസ്സിനെ അടക്കാനുള്ള പ്രയത്നം ഒന്നുമില്ല മനസ്സിനെ അല്പമൊന്ന് ചലിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ചലിക്കില്ല ഉള്ളിലെ ആ ബോധസ്ഫൂർത്തി ആചാര്യസ്വാമികൾ ഈ സ്ഥിതിയെ വിവേക പറയുന്നു കിമപ്പി സതത ബോധം കേവലാനന്ദരൂപം നിരുപമം അതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദ കലയതി വിദ്വാൻ ബ്രഹ്മപൂർണ സമാധ പ്രകൃതി വികൃതിശൂന്യ ഭാവന ഭാവം സമരസം അസമാനം മാനസം ബന്ധദൂരം നിഗമവചന സിദ്ധം നിത്യം അസ്മത് പ്രസിദ്ധം ഹൃദി കലയതി വിദ് പൂർണ്ണ സമാധ അജരം അമരം ൂപം സ്ഥിതിമിത രാശി പ്രഖ്യം ആഖ്യാവിഹീനം ശമിത ഗുണ വികാരം ശാശ്വതം ശാന്തമേകം ഹൃദികലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ ഒരു ഉപമ പറയുന്നത് സ്തിമിത സലില രാശി പ്രഖ്യം എന്നുവച്ചാൽ അലയടിച്ചു സമുദ്രം അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം പെട്ടെന്ന് അങ്ങട് നിശ്ചലമായിട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും ഭാവന ചെയ്ത് നോക്കാം അതുപോലെ ചിത്തം അങ്ങോട്ട് നിശ്ചലമായി എന്നാണ് അവിടെ എല്ലാ ചലനങ്ങളും അസ്തമിച്ചു നിശ്ചലതത്വം അതാണ് ആചാര്യസ്വാമികൾ എന്താ സത്സംഗത്വേ നിസ്സംഗത്വം അതിന്റെ ലക്ഷ്യം സത്സംഗത്തിന്റെ പരമ ലക്ഷ്യം എന്താ നിശ്ചലതത്വം നിശ്ചല തത്വേ ജീവൻ മുക്തി അപ്പൊ നിശ്ചലത ഉള്ളിലെങ്ങനെ പ്രകാശിക്കുന്നു തെളിഞ്ഞുവരുന്നു ആ നിശ്ചലത രമണ മഹർഷിക്ക് ഈ ഒന്നര മാസം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും ഉണ്ട് അതുകൊണ്ട് ഒരു ദിവസം പുസ്തകമൊക്കെ മാറ്റിവെച്ച അങ്ങനെ ഇരുന്നു നിശ്ചലമായിട്ടിരുന്നു അപ്പൊ ഏട്ടൻ പുറകെന്ന് ചോദിച്ചു ഓഹ് ഇങ്ങനെയൊക്കെ ഇരിക്കണ ആൾക്കിപ്പോ ഇതൊക്കെ എന്തിനാ ഇതാണ് ചോദിച്ച വാക്ക് അതായത് ഇങ്ങനെയൊക്കെ യോഗിയെ പോലെ കാണിക്കുന്ന ആൾക്കും ഈ പടുപ്പും ഈ ജീവിതവും ഒക്കെ എന്തിനാ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ചു എത്രയോ പ്രാവശ്യം പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അതെങ്ങനെ ശരിക്കേ കൊള്ളണ്ടടുത്ത് കൊണ്ടു എഴുന്നേറ്റും അവിടുന്ന് സ്ഥലം വിട്ടു അങ്ങനെയാണ് നേരെ അരുണാചലത്തിലേക്ക് തിരുവണ്ണാമലയിലേക്ക് വരുന്ന അരുണാചലേശ്വരന്റെ സന്നിധിയിലേക്ക് അത് കഥയൊക്കെ വേറെ നേരെ വന്നു പിന്നീട് അമ്പത്തിനാല് വർഷം അവിടെ തന്നെ അമ്പത്തിനാല് വർഷം അരുണാചലത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാസം അപ്പോ ഈ ഒന്നര മാസം അദ്ദേഹം അവിടെ ഉണ്ടായി തിരുവണ്ണാമലയിൽ വന്നു കുറച്ചു ദിവസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ വൈഭവം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയതും പ്രചരിച്ചു വന്നതും ഒക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പഴയ കൂട്ടുകാരൻ രംഗൻ എന്നുപേര് അദ്ദേഹം മഹർഷിയെ കാണാനായിട്ട് ചെന്നു തന്റെ കൂട്ടുകാരൻ എന്ന ഭാവത്തിലല്ല സദ്ഗുരുവായിട്ട് തന്നെയായിരുന്നു ആ ഭാവം അപ്പൊ വളരെ ബഹുമാനത്തോട് ഭക്തിയോടുകൂടെ ഇപ്പൊ മഹർഷിയോട് ഒരു ദിവസം ചോദിച്ചു ഭഗവാനെ അങ്ങേക്ക് അനുഭൂതി ഈ സാക്ഷാത്കാരം ഉണ്ടായത് എന്റെ അടുത്തെങ്കിലും പറയാമായിരുന്നു അല്ലോ മഹർഷി പറഞ്ഞു എനിക്കേ അറിയില്ലല്ലോ എന്നാണ് എനക്കേ തരിയാതെ ഓ എന്നെ നടന്നതെന്ന് തരിയാതെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തോ മനസ്സ് നിശ്ചലമായി ഉള്ളിൽ ശാന്തമായി ആനന്ദത്തിന് ഉറവിടം തുറന്നു അത്രയേ ഉള്ളൂ അത് എന്താണ് ഇങ്ങനെ പിന്നീട് മറ്റുള്ളവർ വന്ന് തന്റെ മുമ്പിൽ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയണതെന്നും ഇതിനു വേണ്ടി ആളുകൾ മെനക്കെട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നും സാധനകളൊക്കെ ചെയ്യുന്നുണ്ടെന്നും പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നും ഒക്കെ അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലായത് അപ്പോ ആ സാക്ഷാത്കാരം ഈ ജീവനെ ഉള്ളിൽ മാറ്റുന്നു പുറമേക്കൊന്നും ആർക്കും കണ്ടെത്താനും കണ്ടുപിടിക്കാനും ഒന്നും സാധ്യമല്ല നമ്മള് ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ പുറകെ ഒരു ലൈറ്റ് ഒക്കെ വരച്ചു കിടക്കട്ടും ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വിളിച്ച ഒന്നും ഉണ്ടാവില്ല ഇൻക്യൂഷൻ നമുക്കും പക്വതയുണ്ടെങ്കിൽ മനസ്സിലാകും ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്കും ഒരു പക്വത ഉണ്ടെങ്കിൽ മണക്കാം അടുത്തു ചെല്ലുമ്പോ തന്നെ അനുഭൂതിയുടെ രസം അഭിതോ ബ്രഹ്മനിർവാണം വർത്തദേ വിദിതാത്മനാം ഭഗവാൻ തന്നെ പറയുന്നു ഒരു പുഷ്പ ചെടിയുടെ ചുറ്റും സുഗന്ധം പരക്കുന്ന പോലെ അനുഭൂതിമാന്മാരുടെ ചുറ്റും ഈ ശാന്തി ഈ ബ്രഹ്മനിർവാണ സുഖം തളങ്കട്ടി നിൽക്കും അതുകൊണ്ട് ഊഹിക്കാനേ സാധ്യമുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഈ വാസനയുടെ പടലം നീങ്ങിരിക്കും മനസിന്റെ ആ ചാവല്യം ഒക്കെ നിലച്ചത് ശാന്തി ഇങ്ങനെ പരക്കുന്നു സായനമയീ ശാന്തി പരമാനന്ദദായി കം നാമ സാധു സംഗമ ചന്ദ്രിക സാധുക്കളുടെ സമ്പർക്കത്തിൽ ചെല്ലുമ്പോ ചന്ദ്രനിൽ നിന്നും ചന്ദ്രകിരണം കുളിർമയേകുന്ന ചന്ദ്രകിരണം വരുന്ന പോലെ അവരുടെ ഉള്ളിലുള്ള അനുഭൂതിയുടെ കുളിർമ ശീതളത ചുറ്റും അങ്ങനെ പരന്ന് അടുത്തു ചെല്ലുന്നവരെ ഒക്കെ ബാധിക്കുന്നു അടുത്തു ചെല്ലുന്നവർക്കൊക്കെ ഈ ശാന്തിയും ആനന്ദവും ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ ഇതുകൊണ്ട് ഏകദേശം ഊഹിക്കാം അത്രയോ അങ്ങനെയുള്ള ആളെയാണ് ഭഗവാൻ ത്രിഗുണാതീതൻ എന്ന് പറഞ്ഞത് ഗുണങ്ങളെ അതിക്രമിച്ചു ചെല്ലുന്നവൻ മൂന്ന് ഗുണങ്ങളെയും കടന്ന് താനൊരു വ്യക്തിയല്ല ഈശ്വരസ്വരൂപം തന്നെ ആയിത്തീർന്നിട്ടുള്ളവൻ അങ്ങനെയുള്ള ആളുടെ സ്ഥിതി എന്താണ് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം എന്താണ് അദ്ദേഹത്തിന്റെ ജഗത്ത് മുഴുവൻ ഈശ്വര സ്വരൂപം താനും ആ ഈശ്വരനിൽ നിന്നും അന്യനല്ല പുരുഷയേ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതോ വേദനിഹിതം ഗുഹാ സോ അവിദ്യഗ്രന്ഥിം വികരതീഹ സോമ്യം ഈ വിശ്വം മുഴുവൻ പുരുഷസ്വരൂപം പരമേശ്വരസ്വരൂപം താനും അത് തന്നെ തന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ കെട്ടുപൊട്ടിരിക്കുന്നു അനന്തമായ ചിതാകാശം ഉള്ളും പുറവും നിറഞ്ഞു നിൽക്കും ഈ അനുഭൂതി രസത്തിൽ നിൽക്കുന്നവനെയാണ് ഗുണാതീതൻ എന്ന് ഭഗവാൻ പറഞ്ഞത് അപ്പോ ഈ പുരുഷോത്തമൻ ഉം പുരുഷോത്തമനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പുരുഷൻ എന്നുള്ള പേര് തന്നെ ഈശ്വരനു മാത്രമുള്ളതാ ഈശ്വരന്റെ തന്നെ സ്വരൂപമായിട്ട് നമ്മളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് പുരുഷൻ എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ പുരുഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈശ്വരൻ പിന്നെ എന്തുകൊണ്ട് നമ്മളെയും വ്യക്തികളെയും പുരുഷൻ എന്ന് പറയണെന്ന് വെച്ചാൽ നമ്മളുടെ ഉണ്മയായ സ്വരൂപം അതായത് കൊണ്ട് സംസ്കൃത വ്യാകരണത്തിൽ വൈയാകരണന്മാർ ഒരു അത്ഭുതം ചെയ്തു എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നുണ്ട് ഫസ്റ്റ് പേഴ്സൺ ഐ ഞാൻ സെക്കൻഡ് പേഴ്സൺ യു നീ തേർഡ് പേഴ്സൺ ഹി അവൻ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ സംസ്കൃതത്തിൽ വരുമ്പോ പ്രഥമപുരുഷൻ അയല്ല ഞാനല്ല ഹി ആണ് സഹ മധ്യമ പുരുഷൻ യു ത്വം മൂന്നാമത്തെ ആൾക്ക് തൃതീയ പുരുഷൻ എന്നല്ല പറഞ്ഞത് ഉത്തമ ആണ് ഉത്തമപുരുഷൻ അഹം ആണ് എന്താ ഉത്തമപുരുഷൻ അഹം യഥാർത്ഥത്തിൽ ഉത്തമപുരുഷൻ ആരാണ് ഭഗവാൻ ഇതിൽ പറയാൻ പോകുന്നു ഉത്തമ പുരുഷസ്തന്യ പരമാത്മേതി ഉദാഹൃത പരമാത്മാവിന്റെ സൂചനയാണ് നമ്മളുടെ ഒക്കെ ഹൃദയസ്ഥാനത്തിൽ അഹം അഹം അഹം എന്ന് സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത് ബാല്യാദിഷപ്പി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥ വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇന്ത്സ്ഫുരന്ത സദ സ്വാത്മാനം പ്രകടീകരോതി ഭജത യോ ഭദ്രയാദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമുദം ശ്രീ ദക്ഷിണമൂർത്തമൂർത്തിസ്ോത്രത്തിൽ ആരാമത്തെ ശ്ലോകം ദക്ഷിണമൂർത്തി അണദേഹം ദക്ഷിണമൂർത്തി പുറമേക്ക് അദ്ദേഹത്തിന് ഒരു രൂപവും അതിൽ വർണ്ണിച്ചില്ല ദക്ഷിണാ ജ്ഞാനമാണ് ദക്ഷിണ ആ ജ്ഞാനം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും അഹം അഹം ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നു ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന അവസ്ഥകളൊക്കെ ശരീരത്തിന് വരുന്നു അല്ലെ ബാല്യാദിഷു ശരീരം മാറി മാറി വരുന്നു പക്ഷേ ഒരു വയസ്സിൽ ആണ്ടു നിറവ് ദിവസം ഒരു കുട്ടിക്ക് വീഡിയോ എടുത്തു എന്നിട്ട് ആ കുട്ടി തന്നെ വലുതായി ശതാഭിഷേകം എൺപതാമത്തെ വയസ്സിൽ മുത്തശ്ശൻ പേരക്കുട്ടിയെ വിളിച്ചിട്ട് തന്റെ ഒരു വയസ്സിൽ എടുത്ത വീഡിയോ കാസറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കാണ് കുഞ്ഞേ കുട്ടി നോക്കൂ മുത്തശ്ശനാണെന്ന് അയ്യേത് മുത്തശ്ശനെ പോലെ ഇല്ലല്ലോ എന്നെക്കാളും ചെറുതായിരിക്കണു ആ ഞാൻ അങ്ങനെയാ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇതുപോലെ ഏ മുത്തശ്ശന്റെ ശരീരം പോലെ ഇല്ലല്ലോ ആ ശരീരം മാറി ശരീരം ദേഹം മാറി ദേഹം കംപ്ലീറ്റ് ആയിട്ട് മാറി ശാസ്ത്രീയമായി വിശകലനം ചെയ്തു നോക്കിയാൽ ഏഴ് വർഷം കഴിയുമ്പോൾ ഒരു കോശം പോലും ബാക്കിയില്ലാതെ മാറിയിരിക്കണം എല്ലാം മാറിയിരിക്കണു ദേഹമേ മാറി പിന്നെ മനസ്സോ അന്നും മുത്തശ്ശനോ ഉണ്ടായിരുന്ന മനസ്സാണോ ഇപ്പോ അല്ല മനസ്സും മാറിയിരിക്കണു ബുദ്ധിയും മാറിയിരിക്കണു പിന്നെ എങ്ങനെയാ മുത്തശ്ശനാണോന്ന് പറയാ അതേ ഞാൻ തന്നെയാ ഇപ്പോഴും ഉള്ളത് ശരീരം മാറി മനസ്സ് മാറി ബുദ്ധി മാറി പക്ഷെ ഞാൻ എന്ന അനുഭവം അല്പം പോലും മാറാതെ തുടരുന്നു അന അനുസ്യൂതം അനുവർത്തമാനം ബാക്കിയുള്ളതൊക്കെ മാറുമ്പോഴും അനുവർത്തിച്ചു കൊണ്ടേ നിൽക്കുന്നു ഈ മാറ്റത്തിലൊക്കെ സാക്ഷിയായി മാറാതെ നിൽക്കുന്ന ഒരു ദീപം ഒരു വിളക്ക് ഉം ആ വിളക്ക് ഉദിക്കയുമില്ലത് പൊലികയുമില്ല ഉം അത് കണ്ടുപോയിടേണം എന്നാണ് ആ വിളക്ക് ഉദിക്കുകയും പൊതിയുകയും ചെയ്യില്ല അത് സദാ ജ്വലിച്ചു കൊണ്ട് നിൽക്കുന്ന വിളക്ക് ആ സാക്ഷി ദീപത്തിനെ തെളിച്ചെടുക്കുന്നതാണ് സാക്ഷാത്കാരം സാക്ഷിയായിട്ടുള്ള ആ വിളക്ക് അധ്യാത്മദീപം ആ അധ്യാത്മ ദീപത്തിനെ ഉള്ളിൽ കണ്ടെത്താം അത് പുരുഷോത്തമൻ അത് ഉള്ളിൽ കണ്ടാൽ പുറമേക്ക് മുഴുവൻ അതിന്റെ പ്രകാശം അതല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ നിശേഷമില്ല എന്ന് അനുഭൂതി തെളിഞ്ഞുവരും അപ്പൊ ആ പുരുഷോത്തമ യോഗം പുരുഷോത്തമ യോഗം സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന പടിയാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനമായ അധ്യായങ്ങളിൽ പെട്ടതാണിത് സാക്ഷാത്കാരം തന്നെ പല തരത്തിലും ഉണ്ട് പല മണ്ഡലങ്ങളിലുണ്ട് അതിൽ തന്റെ ഉള്ളിൽ സത്യത്തിനെ കാണുന്ന ഒരു സ്ഥിതി അത് നിർവികൽപമായ സ്ഥിതി പിന്നെയും ചലിച്ചു പുറമേക്ക് വരുമ്പോ ഭേദങ്ങളൊക്കെ തോന്നും സകല ഭേദങ്ങളും അസ്തമിച്ച് ഞാൻ എന്നുള്ളത് നിശേഷമില്ലാതെ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലം താനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ അഖിലം താൻ എന്ന് തോന്നുന്ന സ്ഥിതി അതിനാണ് പുരുഷോത്തമ സ്ഥിതി അവിടെ സർവേശ്വരൻ അല്ലാതെ പ്രത്യേകിച്ചൊരു ഞാനില്ല അദ്വൈതത്തിനെ നല്ലവണ്ണം മനസ്സിലാക്കണം അദ്വൈതം എന്ന് വെച്ചാൽ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ ഞാൻ ഈശ്വരനാകുന്നു അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാവുന്നു ഞാൻ ബ്രഹ്മമാവലല്ല ഇപ്പൊ ഈ പറയണ ഞാനുണ്ടല്ലോ ഈ ഞാൻ ഇല്ലാതാകുമ്പോ ബ്രഹ്മം മാത്രം പ്രകാശിക്കുന്നു അഥവാ ീശ്വരൻ മാത്രം പ്രകാശിക്കുന്നു അതിൽ നിന്നും അന്യമായി ഒരു തരംഗമില്ല സമുദ്രത്തിൽ നിന്ന് അന്യമായി ഒരു തരംഗമില്ല സമുദ്രവും വെള്ളമാണ് തരംഗവും വെള്ളമാണ് വെള്ളം മാത്രം വസ്തു എന്നുള്ള പോലെ പ്രപഞ്ചത്തിന് സർവത്തിനും അധിഷ്ഠാനമായി എല്ലാത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്ന സത്യം ആ സത്യത്തിനെയാണ് പുരുഷോത്തമൻ എന്ന് പറയും മനസിലായിട്ടുണ്ടാവുക കുഴപ്പമില്ല മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണമെന്നില്ല അതൊക്കെ അത് അനുഭൂതിയിലേക്ക് വരട്ടെ നമുക്കൊക്കെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോ പുരുഷോത്തമ യോഗം പതിനഞ്ചാം അധ്യായം ആരംഭിക്കാണ് അതിൽ ആരംഭിക്കുമ്പോ പുരുഷോത്തമനെ അല്ല പറയുന്നത് കാരണം നമുക്കിപ്പോ പുരുഷോത്തമനെ കാണാൻ വയ്യ നമ്മൾക്കിപ്പോ അനുഭവത്തിലുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സംസാരം സ്വാമി ഇതൊക്കെ പറയാലോ ഇവിടുന്ന് ഇറങ്ങണവരെ ശരി ഇവിടുന്ന് ഇറങ്ങിയാൽ ഒക്കെ കാത്തു നിൽക്കണോ ഞങ്ങളുടെ പ്രാരബ്ധം സംസാരം കാത്തുകൊണ്ട് നിൽക്കുക അതാണ് ഞങ്ങൾക്ക് പാകപ്പാട് സത്യമായിട്ടുള്ളതെന്നാണ് ഇവിടെ ആത്മവിചാരവും ഒന്നും നടത്തണില്ല ഒന്നും വയ്യ അസാരേ സംസാരജഭന ദൂരെ ജഡധിക ഭ്രമന്തം മാം അന്ധം പരമകൃപയാ പാത്തും ഉചിതം മദന്യകോ ക്ഷാതി നിപുണത്വന്യ കോമേ ത്രിജഗതി ശര പശുപത്തെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അസാരേ സംസാരേ ഈ സംസാരത്തിൽ എന്താ ഒരു സാരം കാണാൻ വയ്യ നമ്മള് അയ്യപ്പനെ കാണാൻ പോകുമ്പോ പൊരുവിളങ്ങാവൊണ്ടുപോകും അല്ലേ തമിഴ് വാക്കാണത് പൊരുവിളങ്കളങ്ക ഉണ്ടൈ എന്നാണ് പറയാം എന്താണെന്ന് വെച്ചാൽ ൊരു എന്താന്ന് പിടികിട്ടിയില്ല അതിനാന്ന് കടിച്ചാ പല്ലുപൊട്ടും അതുപോലെ സംസാരം പൊരുൾ എന്ന് വെച്ചാൽ അതിനെ സത്ത കാണാൻ വയ്യാന്നാണ് എന്തിനാ ജി എപ്പോഴാണ് ഈ സത്ത കാണാൻ വയ്യാന്ന് പറയണത് കുറെ അധികം ദുഃഖിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരണത് കുറെ അധികം ദുഃഖിക്കുമ്പോ വിഷമം ഉണ്ടാകും എന്തിനു ജനിച്ചു എന്ത് അർത്ഥം ഇതിനു വേണ്ടിയാണ് ജനിച്ചതെങ്കിൽ എന്തു പ്രയോജനം എത്ര ദുഃഖം എത്ര ദുഃഖിച്ച് മതിയായി അപ്പോഴാണ് ചോദിക്കുന്നത് അസാരേ സംസാര സുഖിക്കുമ്പോ ആരും അസാരേ സംസാരെന്ന് പറയില്ല എന്താന്ന് വെച്ചാൽ സുഖം ഉള്ളപ്പോ നമുക്ക് ഓ ഇനി ഇങ്ങനെ തന്നെ ഉണ്ടെങ്കി വേണ്ടില്ലാന്ന് തോന്നും ദുഃഖിക്കുമ്പോ അസാരേ സംസാരേം നിജഭജന ദൂരേ ഇവിടെ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ലൗകികന്റെ പ്രാർത്ഥനയല്ല ഭഗവാനെ ഈ ഭഗവത് ഭജനം ചെയ്യാതെ ഭഗവത്ഭജനം എന്നൊരു അർത്ഥം നിജഭജനം എന്ന് വെച്ചാൽ നിജം എന്ന് വെച്ചാൽ സ്വരൂപം ആത്മവിചാരം ചെയ്യാതെ ആത്മധ്യാനം ചെയ്യാതെ നിജഭജന ദൂരെ ഭ്രമന്തം ചുറ്റി തിരിയാ ഞാൻ ജഡധിയാ ഭ്രമന്തം ഞാൻ തിരിയണെന്നല്ല അറിയാതെ ഈ സംസാരമാകുന്ന ചക്രത്തിൽ കയറിപ്പോയി എക്സിബിഷനിലൊക്കെ കാണുന്ന വലിയ ചക്രവുണ്ടല്ലോ ജയന് ടിവിയിൽ ഉം അതിൽ കയറി മറ്റുള്ളവർ കയറിയിരുന്ന് കാണുന്നതാണ് നല്ലത് പോവാണെങ്കിൽ അറിഞ്ഞോളൂ കയറാത്തവർ കയറിയവർ മെനക്കെട്ട് പണം കൊടുത്ത് കയറി ഇരിക്കരുത് പിന്നീട് ദൂക്കിക്കേണ്ടി വരും മറ്റുള്ളവർ കയറി ഇരുന്ന് ചുറ്റുന്നത് ചോട്ടിൽ നിന്ന് കാണുക നല്ല രസമാണ് പക്ഷെ പണം കൊടുത്ത് നല്ല വലിപ്പത്തുള്ളതാണെങ്കിൽ അത്യന്തികം ബുദ്ധിമുട്ടും പണം കൊടുത്ത് അതിൽ കയറി ഇരിക്കുമ്പോഴൊക്കെ ഗൗരവമായിട്ടൊക്കെ ഇരുന്നാളയും ഇരുന്ന് കഴിഞ്ഞ അബദ്ധം കുറച്ച് പൊന്തുപോഴൊക്കെ നല്ല രസം മേലെ എത്തിക്കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരു മറിക്കല് മറിക്കും അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരത്തെ കാപ്പി വരെ ഉള്ളത് ആയിക്കൂടെ പുറത്തേക്ക് വരും ഇറക്കി വിടാൻ പറഞ്ഞ സകല പരദേവതകളെയും പ്രാർത്ഥിക്കും ഇയാള് കെട്ടിയിടുകയും ചെയ്യും മോളിൽ കരരുന്നട്ടെ സകല പരദേവതകളെയും പ്രാർത്ഥിച്ചിട്ട് ഒരു രക്ഷയില്ല അവരോട് ഇറക്കി വിടൂ ചുറ്റി അയാളുടെ അടുത്തുകൂടെ വരുമ്പോ അയാളോട് പറഞ്ഞു ഒന്ന് ഇറക്കി വിടൂ നിങ്ങൾ പണം കൊടുത്തത് തീരട്ടെ എന്നിട്ട് ഇറക്കി വിടാ അതൊരു മൂന്നോ നാലോ ചുറ്റുണ്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ കാശ് തീരുക തീർക്കുക സംസാരത്തിൽ നമ്മൾ ഇതുപോലെയാണ് ഈ ചക്രത്തിൽ കാശ് കൊടുത്ത് കയറിയിരിക്കുകയാണ് എന്താ കാശ് നമ്മളുടെ പ്രാരബ്ധ കർമ്മം ആദവും കർമ്മ കലുഷം മാതൃകുക്ഷവും കർമ്മവാസന എന്ന് പറയണ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് കയറിയിരുന്നതാണ് ഈ സംസാര ചക്രത്തിലേയും ഉം അതിൽ കയറിയിരുന്നാലോ പരസ്പരം ഭീതിജനകാഹ ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള ഭയമുണ്ട് അടുത്തിരിക്കുന്ന ആള് പിടിച്ചോളണം കേട്ടോ എന്താപ്പോ ാണ് ഒരാള് വീണത് അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയാണ് അതിന്റെ ഇടയിൽ പേടിപ്പെടുത്താം അപ്പോ ഭ്രമന്തം മാം അന്ധം അതിൽ ചുറ്റിത്തിരിയാ ഈ ചുറ്റിത്തിരിയാൻ കാരണം എന്താ അന്ധം കണ്ണ് കാണാൻ വയ്യ പുറമേക്കുള്ള കണ്ണുണ്ടെങ്കിലും അകമേക്കുള്ള കണ്ണ് തുറക്കാത്തത് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താന്ന് പിടികിട്ടിയില്ല ഭ്രമന്തം മാം അന്ധം എന്നെപ്പോ രക്ഷിക്കാനിപ്പൊ എന്താ യോഗ്യത ഭഗവാൻ ചോദിക്കുകയാണെങ്കിൽ നീ ഞാനം സമ്പാദിച്ചവോ നീ യോഗ സാധനം ചെയ്തുവോ നീ തപസ് ചെയ്തുവോ ഇതൊക്കെ കണക്കെടുത്തിട്ടാണ് ഇപ്പൊ രക്ഷിക്കണതെങ്കിൽ നമുക്ക് ഇപ്പോഴൊന്നും പുറത്തു പോവാൻ പറ്റില്ല അപ്പൊ രക്ഷിക്കാൻ ഇപ്പൊ എന്താ ഒരു വകുപ്പുള്ളത് ഇപ്പൊ പരീക്ഷയിൽ ആദ്യം ക്വസ്റ്റി ആൻസർ പേപ്പറൊക്കെ നോക്കും പാസ്സാക്കി വിടാൻ വഴിയില്ല ഫുട്ബോളിൽ വല്ലതും കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോന്ന് നോക്കും അതും വഴിയില്ല ഒന്നും വഴിയില്ലെങ്കിൽ അവസാനം ഇപ്പൊ എന്താ ഒരു വകുപ്പുള്ളതാണെന്ന് വെച്ചാൽ പത്താം ക്ലാസ് വരെ ഒരു എൺപത്തി അഞ്ച് ശതമാനമെങ്കിലും പൊക്കിക്കൊണ്ടു പോണം നിയമമുണ്ട് ആ നിയമത്തിന്റെ പേരിൽ ചിലവരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും അതുപോലെ പരമ കൃപയാ ഉചിതം ഭഗവാന്റെ കൃപ എന്നൊന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് രക്ഷിക്കാനുള്ള ശക്തിയാണല്ലോ കൃപ എന്ന് പറയണത് അത് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ വഴിയുണ്ട് പരമ കൃപയാണി ആദിശങ്കരനാണ് ദീനൻ എന്ന് തന്നെ പറയണത് അപ്പൊ നമ്മളൊക്കെ എന്തു പറയണം ഭഗവാൻ രമണ മഹർഷി അരുണാചല അക്ഷരമണമാലയിൽ ഇതുപോലെ ഒരു ജ്ഞാനി ജീവൻ മുക്തൻ അദ്ദേഹം പാടുന്നു എൻപോലും ദീനറെ ഇൻപുരക്കാത്തിനി എന്നാളും വാഴന്തരുൾ അരുണാചല ണാചല ഞാനൊരു ദീനൻ അവിടുന്ന് എന്നെ പോലെയുള്ള ദീനന്മാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുക ജ്ഞാനിയുടെ ഭാവം ആന്തരഭാവം ദൈന്യമാണ് പുറമേക്ക് ജ്ഞാനി ഗംഭീരനായിരുന്നാൽ പോലും അകമേക്ക് ആ പരമാത്മ സത്യത്തിന് അടങ്ങിക്കൊടുത്തുകൊണ്ടുള്ള ഇരിപ്പാണ് അപ്പോ അതിരിക്കട്ടെ അപ്പൊ അസാ നമ്മളുടെ വിഷയം ഇപ്പൊ സംസാരമാണ് ഇടക്കിടയ്ക്ക് ജ്ഞാനത്തിലേക്കും ബ്രഹ്മത്തിലേക്കും പോകണ്ട സംസാരം സംസാരത്തിന്റെ ഉള്ളിലാണ് സമ്യക് സരതീതി സംസാര നല്ലവണ്ണം ഒഴുകുന്നു എന്നാണ് ഒഴുകുന്നു ചുറ്റുന്നു പുനരപ്പി ജനനം പുനരപ്പി മരണം ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചക്രം അതിന്റെ പ്രവൃത്തിയുടെ ശൈലിയൊന്നും നമുക്ക് പിടികിട്ടില്ല ദുർവിമർശ അത് വിമർശനം ചെയ്താൽ ഒന്നും പിടികിട്ടില്ല അത് ചുറ്റുന്നു ഒന്നും പിടികിട്ടില്ല അപ്പൊ ഈ സംസാരത്തിന് ഭഗവാൻ ഇവിടെ ഒരു വൃക്ഷമാക്കി ചിത്രീകരിച്ചിരിക്കുക ഒരു മരം ഒരു വൃക്ഷം ആ വൃക്ഷത്തില് ഒരു വിത്തിൽ നിന്നും ഒരു വൃക്ഷം വരും ആ വൃക്ഷത്തിൽ നിന്ന് അനേകായിരം വിത്തുകൾ വരും അതിൽ ഓരോ വിത്തിൽ നിന്നും ഓരോ വൃക്ഷം വരും അപ്പൊ എങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ നോക്ക ഇതുപോലൊരു വൃക്ഷമാണ് നമ്മുടെ സംസാര ജീവിതം ഒരു കർമ്മം ആ കർമ്മത്തിന്റെ ഫല അനുഭവം ആ അനുഭവത്തിന്റെ വാസന ഉള്ളിൽ തങ്ങി നിന്ന അനേകം കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ഓരോന്നിനും ഫലം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ചക്രം നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ മനസ്സ് ആ പ്രവർത്തിയുടെ വാസനങ്ങളെ പിടിച്ചെടുക്കും അല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല ജ്ഞാനം നേടുന്നവരെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ എന്താ കർമ്മവാസനകളെ അങ്ങനെ ഇംപ്രഷൻസ് എടുത്തുകൊണ്ടേയിരിക്കും മനസ്സ് ദേഷ്യപ്പെടാം കൊറേ ദേഷ്യപ്പെട്ട് പഠിച്ചു ചെറുപ്പം മുതൽ തന്നെ ദേഷ്യപ്പെടുന്നവർക്ക് കൊറേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു സംസ്കാരം പിന്നെ കുറച്ചു നേരം ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു അസുഖം ചിലർക്കൊക്കെ ഉണ്ട് ഇത് ഈ വാസന സംസ്കാരമായിട്ട് മാറും ഈ സംസ്കാരത്തിന്ന് കർമ്മം അപ്പോ അനുസ്യൂതം സംസാരോഹി ന നിവർത്തേന ആ സംസാരത്തിനെ ഇവിടെ ഒരു വൃക്ഷമായിട്ട് ഭഗവാൻ ചിത്രം വരച്ച് കാണിക്കുകയാണ് ഉപനിഷത്തിൽ ഉള്ള ഒരു ചിത്രമാണിത് ഘട്ടോപനിഷത്തിൽ ഇതിന്റെ വർണ്ണനുണ്ട് ഭാഗവതത്തിലും ഈ സംസാരവൃക്ഷത്തിനെ സംസാര തരു ഉം ഭാഗവതത്തിലും ഈ വൃക്ഷത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു വൃക്ഷം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കരുത് ഇത് ഭാവനയാണ് ഉം ഒരു വൃക്ഷമായിട്ട് അതെ നമുക്ക് ആദ്യത്തെ രണ്ടു ശ്ലോകം വായിക്കാം രണ്ടു പ്രാവശ്യം വായിക്കാം ശ്ലോകം അധ പഞ്ചദശോധ്യ പുരുഷോത്തമ യോഗ ഭഗവാൻ വാച ഊർധ്വമൂലമഘാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദംസി പർണേ എസ്തം വേദ വേദ വിത്ീഭവാസ ഊർധമൂലമുര വ്യയം ഛന്ധാസി പണനി യം വേദ സേദ വിത് അധോധം പ്രസ ഗുണ പ്രവൃദ്ധ വിഷയ പ്രധാന കർമാനുബന്ധീനി മനുഷ്യ ലോകേ അധ അധോം പ്രസാദ ശ്രീ ഭഗവാൻ വാച ശ്രീ ഭഗവാൻ പറഞ്ഞു അശ്വത്ഥം ഇവിടെ ഒരു അശ്വത്ഥ വൃക്ഷത്തിനെ കുറിച്ച് അശ്വത്ഥം എന്നതിന് പലരും പല അർത്ഥം പറഞ്ഞു കാണുന്നു ഒരാചാര്യര് അതിനർത്ഥം പറഞ്ഞത് അശ്വം എന്ന് വെച്ചാ കുതിര കുതിരയെ ഈ മരത്തിന്റെ ചുവട്ടിൽ നിർത്തുന്നതുകൊണ്ട് കെട്ടിയിടുക പതിവായതുകൊണ്ട് അശ്വത്തിന്റെ നിൽക്കാനുള്ള സ്ഥാനമായത് കൊണ്ട് അശ്വത്വം എന്നു പേര് വന്നു പക്ഷെ ആദിശങ്കർ ഭഗവത് പാദർ അതിനർത്ഥം പറഞ്ഞത് ശ്വഹ എന്നുവെച്ചാ നാളെ ധാതുവിനർത്ഥം സ്ഥീയത്തെ നിൽക്കുന്നു നാളെ നിലനിൽക്കുന്നത് ശ്വസ്ഥം ഉം നാളക്ക് നിലനിൽക്കില്ല എന്നുവെച്ചാലോ മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം ഓരോ ദിവസം ഇന്നത്തെ പോലെ നാളെ ഉണ്ടാവില്ല നാളത്തെ പോലെ മറ്റന്നാളോ ഉണ്ടാവില്ല അപ്പൊ നാളെ ഓരോ ദിവസവും പുതിയത് പുതിയതായി മാറിക്കൊണ്ടേയിരിക്കുന്നത് അശ്വത്ഥം എന്നർത്ഥം പറഞ്ഞു അതായത് ഈ സംസാരം ഇതുപോലെയാണ് അത് ഓരോ ദിവസവും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു വികാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഈ വൃക്ഷത്തിന് ഒരു വൈപരീത്യം ഉണ്ട് അശ്വത്വം എന്താപ്പോ നമ്മളെ ആലെ ഏ വടവൃക്ഷം അത് മുകളിൽ നിന്നും വള്ളി ചുവട്ടിലേക്ക് ഇങ്ങനെ വിട്ടിട്ട് ചുവട്ടിൽ പിടിച്ച് പിന്നെയും വളരും ആ വടവൃക്ഷം ഈ ഇവിടെ എന്താന്ന് വെച്ചാൽ തലകീഴായിട്ടുള്ള മരമാണ് അതിനെയാണ് ഇവിടെ പറയുന്നത് ഊർധ്വമൂലം അധ ശാഖം അശ്വത്ഥം പ്രാഹു അവർ തം വേദ സ വേദവിത് വേദവിത് വേദവിത്ത് എന്ന് വെച്ചാൽ ആ വിത്ത് വേദം മുളച്ചു വരുമോ വേദത്തിനെ അറിഞ്ഞവൻ വേദവിത് അറിഞ്ഞവൻ ആരാണ് വേദത്തിനെ അറിഞ്ഞവൻ വേദം നാലു വേദമുണ്ട് അല്ലെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം വേദാധ്യയനമാണ് ബ്രാഹ്മണന് മുഖ്യമായ തൊഴിൽ വേദം പഠിക്കുന്നത് എന്തിനാ എന്താ പ്രയോജനം എന്നുവെച്ചാൽ വേദം പഠിച്ച് വേദത്തിലെ സൂക്തങ്ങളൊക്കെ അറിഞ്ഞ് അതിന്റെ പ്രയോജനം നാലു വേദത്തിന് നാലു പ്രയോജനമുണ്ട് എന്നാണ് സാധാരണ ചൊല്ലം യജുർവേദം ഓർമ്മ ധാരണാശക്തിയെ തെളിവാക്കുക അത്രയും ഋഗ്വേദം വിനയം ഉണ്ടാക്കും സാമവേദം വൈദുഷ്യം ഉണ്ടാക്കും ഈ ത്രെയ്യാണ് മുഖ്യമായിട്ട് അതുകൊണ്ടാണ് പൂർണത്രീശൻ എന്ന് പറയുന്നത് അഥർവവേദത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ ഈ മൂന്ന് വേദത്തിന് ഈ മൂന്ന് ഗുണം പ്രത്യേകമായിട്ട് പറയും വൈദുഷ്യം വിനയം പിന്നെന്താ ധാരണാശക്തി ഇത് മൂന്നും ഹനുമാനെ കണ്ടപ്പോ ശ്രീരാമചന്ദ്രൻ വാൽമീകി രാമായണത്തിൽ പറയുന്നു ഹനുമാൻ വന്ന് തൊഴുതു നിക്കുമ്പോ ഹനുമാൻ കുറെ നേരം വർത്തമാനം പറഞ്ഞു രാമനോട് നിങ്ങൾ ആരാണ് നിങ്ങൾ രണ്ടുപേരും ആരാണ് അങ്ങനെയാണ് ചോദിക്കുന്നത് മുഴുവൻ രണ്ടുപേരെയും ചേർത്തി വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ആഞ്ജനേയന്റെ ഉം രാജ ഋഷി ദേവപ്രതിമൗ കഥം ദേശം ഇമം പ്രാപ്തവും ഭവന്തവും നിങ്ങൾ ആരാണ് അപ്പൊ ശ്രീരാമൻ പറയുന്നു മധുരമായ വാണി പറയുന്നതിൽ വിനയം പറയുമ്പോ നല്ല ഉറപ്പ് വൈദുഷ്യം എല്ലാം കൂടെ കണ്ടപ്പോ ഭഗവാൻ പറയുന്നു നാനൃഗ്വേദ വിനീതസ്വേദവേദ വിദുഷ ശക്യേവം പ്രഭാഷിതും ഇത്ര പറയാൻ ന ഋഗ്വേദം പഠിച്ചാൽ വിനയം ഉണ്ടാകും ആ ഋഗ്വേദം പഠിച്ച് വിനയം നേടാത്ത ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാനാവില്ല യജുർവേദ യജുർവേദത്തിന്റെ ധാരണാശക്തി വനൽ കാണുന്നു സാമവേദത്തിന്റെ വൈദുഷ്യം കാണുന്നു അസാമവേദ വിദുഷ ശക്യമേവം പ്രഭാഷിത്തു മനോഹരമായ വാണി ഇത് വേദം പഠിക്കുന്നതിന്റെ സംസ്കാരം ഉണ്ടാവലാണ് വേദം പഠിക്കുമ്പോ സംസ്കാരം ഉണ്ടാവും ചിത്രം തെളി തെളിഞ്ഞ് വൈദികമായ കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠാനം ചെയ്യുന്നു കർമാനുഷ്ഠാനങ്ങൾ ഛന്ദസ് എന്നാണ് വേദത്തിന് പറയാം ഈ ചന്ദസ് ചന്ദസിൽ ഒരു വൃക്ഷത്തിന്റെ എലകൾ അതാണ് ചന്ദാംസി യസ്യ പർണാനി എന്ന് പറഞ്ഞു പർണങ്ങൾ എന്ന് വെച്ചാൽ ഇലകൾ എലകളിലൊക്കെ എന്തുണ്ടാവും വിത്തിന്റെ രുചിയും ഉണ്ടാവും അല്ലെ ഒരു വൃക്ഷം വിത്ത് കുഴിച്ചിട്ടാൽ വിത്ത് വേരായി തടിയായി ശാഖകളായി ഇലകളായിട്ട് വരും അപ്പൊ ചന്ദാംസി വേദങ്ങൾ വേദം പഠിക്കുന്നതിന്റെ പ്രയോജനം എന്താ ഇതിന്റെ വേര് കൺ കണ്ടെത്തണം പതുക്കെ എന്താ വേദം പഠിച്ച് കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു കർമാനുഷ്ഠാനങ്ങൾ എന്തിനാ ചിത്തശുദ്ധിക്കും ഹൃദയം ശുദ്ധമാവാനായിട്ടാണ് അല്ലാതെ കർമാനുഷ്ഠാനം തന്നെ ലക്ഷ്യമായി കരുതിയാൽ തെറ്റിപ്പോ അപ്പൊ ഹൃദയം ശുദ്ധമാവാൻ ഹൃദയം ശുദ്ധമായാലോ വേദാന്ത ശ്രവണം വേദത്തിന്റെ പരമലക്ഷ്യമായ ഉപനിഷത്തുകൾ കേൾക്കുന്നു ഉപനിഷത്ത് കേട്ടുകഴിഞ്ഞാലോ ബ്രഹ്മാനം പരമാത്മതാക്ഷാത്കാരം അപ്പോ വേദത്തിന്റെ ഒക്കെ ലക്ഷ്യസ്ഥാനം എന്താ സാക്ഷാത് ഇത് ലക്ഷ്യം എന്ന് അറിയാതെയാണ് വേദം പഠിക്കുന്നതെങ്കിൽ വേദപഠനം വെറും ഒരു ഭാരം ചുമക്കലായിട്ട് തീരുന്നതാണ് ആചാര്യസ്വാമികൾ സനത്സുജാതീയ ഭാഷ്യത്തിലെ വസിഷ്ഠ സ്മൃതിയിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുകയാണ് ചതുർവേദ്യോ വിപ്രഹ സൂക്ഷ്മം ബ്രഹ്മന വിന്ദ്രാഹ്മണ ഗർദ്ദ നാല് വേദങ്ങളും പഠിച്ചു പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരത്തിനായി യത്നിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് ലക്ഷ്യം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ച് അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ വേദം എന്ന ഭാരം ചുമക്കലായിട്ട് തീരുന്നു വെറും ഭാരം ചുമക്കുന്ന ആളായിട്ട് തീർന്നു പോകും അപ്പൊ എന്താ വേദത്തിന്റെ ലക്ഷ്യം എന്താ പരമാത്മാവിനെ അറിയലാണ് മഹാരാഷ്ട്രത്തിൽ നാലു ഭക്തൻ മഹാത്മാക്കൾ ഉണ്ടായിരുന്നു ജ്ഞാനദേവൻ സോപാനദേവ് നിവൃത്തിനാഥ് ജ്ഞാനദേവ് സോപാനദേവ് മുക്താബായി നാലുപേരും ജ്ഞാനികളായിരുന്നു അവരുടെ അച്ഛൻ മരിച്ച് കഥയൊന്നും വിസ്തരിക്കുന്നില്ല പൂണോലിടാനായിട്ട് അവര് പലരോടും യാചിച്ചു അച്ഛൻ സന്യാസം എടുത്തിരുന്ന ആളാണ് അതിനുശേഷമാണ് ഈ കുട്ടികൾ ജനിച്ചത് അതുകൊണ്ട് അവിടുത്തെ ബ്രാഹ്മണർ ആരും സന്യാസം പൂണോലിട്ട് കൊടുത്തില്ല അപ്പോ ഇവര് ആളന്തിയിലാണ് ആളന്തിയിലുള്ള ബ്രാഹ്മണർ പറഞ്ഞു നിങ്ങൾ പ്രതിഷ്ഠാനപുരത്തുള്ള സഭയിൽ പോയിട്ട് അനുമതി വാങ്ങിച്ചു കൊണ്ടുവരാ അപ്പൊ പ്രതിഷ്ഠാനപുരത്തിലുള്ള സഭയിൽ ചെന്ന് ഇവര് ചോദിച്ചു നിങ്ങൾക്ക് യജ്ഞോപവീത്യ ധാരണം ചെയ്തു തരണം അപ്പൊ അവിടുത്തെ പറഞ്ഞു നിങ്ങൾ ഏത് ഗോത്രം നിങ്ങൾക്ക് ഇപ്പൊ ഗോത്രം വെച്ച് പൂണോലിടും അപ്പൊ ഞാനുദേവൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പൂണോലിടുകയാണെങ്കിൽ അവരെ തന്നെ ഗുരുവായി പിതാവായി വരച്ചുകൊണ്ട് അവരുടെ ഗോത്രത്തിൽ തന്നെ ചെയ്യാമെന്ന് ശാസ്ത്രം പറയുന്നു ഓ വേണ്ടില്ലാലോ ശാസ്ത്രമൊക്കെ അറിഞ്ഞു വച്ചിരിക്കണല്ലോ ശരി നിങ്ങളെ ഞങ്ങളിപ്പ എങ്ങനെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കും സന്യാസിയായ ആള് തിരിച്ചു വന്നിട്ട് ജനിച്ചതല്ലേ അപ്പൊ എങ്ങനെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കും എന്ന് ചോദിച്ചു അപ്പൊ ഞാനുദേവൻ പറഞ്ഞു ലക്ഷണം പറഞ്ഞു ശാസ്ത്രോക്തമായ ലക്ഷണം എന്താ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ബ്രാഹ്മണന് വേണ്ട ഒരു ലക്ഷണവും ഇല്ലെങ്കിൽ അവന് ബ്രഹ്മബന്ധു എന്ന് പേര് ബ്രാഹ്മണാൻ ബന്ധു വ്യവദിശത്തെ കുറച്ച് അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വിപ്രൻ വേദം നല്ലവണ്ണം പഠിച്ചാൽ വൈദികൻ ശ്രൗതി യാഗയജജ്ഞങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ യാജ്ഞികൻ ദീക്ഷിതൻ അപുന്ന് ചൊല്ലോമേ വേദം മന്ത്രങ്ങളെ മനനം ചെയ്യുകയാണെങ്കിൽ മുനി മന്ത്രാർത്ഥം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ ഋഷി മന്ത്രദ്രഷ്ടാവം വേദപ്രതിപാദ്യമായ പരമപുരുഷനെ സാക്ഷാത്കരിക്കുകയാണെങ്കിൽ സബ്രാഹ്മണ അപ്പൊ ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ലക്ഷ്യാർത്ഥം അതുകൊണ്ട് മഹാഭാരതത്തിലൊക്കെ ജ്ഞാനി എന്നുള്ള വാക്കൊന്നും അധികം കാണില്ല മഹാഭാരതത്തിൽ ജ്ഞാനി എന്നുള്ളതിന് പകരം ബ്രാഹ്മണൻ എന്നേ കാണുള്ളൂ ഏനക്കെ എന്നിത് അച്ഛന ഏനക്കെ എന്നിത് എത്രക്വചന സായി ബ്രാഹ്മണൻ കാണുകയുള്ളു അപ്പൊ ബ്രാഹ്മണന്റെ ലക്ഷണം ഇവിടെ ജ്ഞാനേശ്വരൻ പറഞ്ഞു അപ്പൊ ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞപ്പോ അവിടെ സഭയിൽ ഇരിക്കുന്ന ഒരു പണ്ഡിതൻ ചോദിച്ചു വേണ്ടില്ലാലോ ബ്രഹ്മം എന്നൊക്കെ പറയണു ഈ ബ്രഹ്മത്തിനെ അറിഞ്ഞവന്റെ ലക്ഷണം എന്താണ് ചോദിച്ചു ജ്ഞാനദേവൻ പറഞ്ഞു സകല പ്രാണികളിലും പരമാത്മാവിനെ കാണുന്നു വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ ഗവി ി ശുനിജൈവ സ്വഭാഗേച്ച് പണ്ഡിതാഹ സമദർശിന ബ്രാഹ്മണ ഒരു അറിവുള്ളവനിലും അറിവില്ലാത്തവനിലും പശുവിലും പൂച്ചയിലും നായിലും എന്തു മൃഗത്തിനെ കാണുമ്പോഴും എന്തു മനുഷ്യനെ കാണുമ്പോഴും സകലപ്രാണികളുടെ ഹൃദയത്തിലും ഒരേ പരമാത്മ വസ്തു തന്നെ ബോധമായി നിൽക്കുന്ന നിശ്ചല ഉള്ളിൽ സ്ഫൂർത്തിയായി സ്ഫുരിച്ചു കൊണ്ട് നിൽക്കുന്നതായി കാണുന്നു അങ്ങനെ കാണാൻ ആർക്ക് ശക്തിയുണ്ടോ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാം അപ്പൊ ഇവർക്ക് കോപം വന്നു ഉടനെ ജ്ഞാനേശ്വരനോട് ചോദിച്ചോടും എല്ലായിടത്തും ബ്രഹ്മത്തിനെ കാണാൻ എല്ലാം ഒരേപോലെയാണെന്ന് പറയണമല്ലോ ഇതാ ഒരാൾ എരുമയും കൊണ്ട് വരണം അത് എരുമയെ ആട്ടിക്കൊണ്ട് വരികയാണ് ആ എരുമയും ബ്രഹ്മമാണോ എരുമ ബ്രഹ്മമാണോ എന്ന് ചോദിച്ചോടനെ ജ്ഞാനേശ്വരന് ഒരു സംശയമില്ലേ എന്ത് സംശയം അതും അത് തന്നെ എന്നാൽ എരുമ വേദം ചൊല്ലോ ഈ ചോദ്യം പിഡിത്തമാണ് എന്താന്ന് വെച്ചാൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ ജ്ഞാനം എല്ലാവർക്കും തുല്യം പക്ഷെ ഉപാധി ഭേദമുണ്ട് അതാണ് ശരിക്കും കൊടുക്കേണ്ട ഉത്തരവ് അതാണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി മൈക്കിലും ഇലക്ട്രിസിറ്റി ഫാനിലും ഇലക്ട്രിസിറ്റി ലൈറ്റിലും ഇലക്ട്രിസിറ്റി ഗ്രൈൻഡറിലും ഉണ്ട് ഫ്രിഡ്ജിലും ഗ്രൈൻഡർ ഇലക്ട്രിസിറ്റി ഹീറ്ററിൽ ചൂടാക്കും ഫ്രിഡ്ജില് തണുപ്പിക്കും ടേപ്പ് റെക്കോർഡറിലാണെങ്കിൽ പാട്ട് പാടും അപ്പൊ ഇലക്ട്രിസിറ്റി ടേപ്പ് റെക്കോർഡറിൽ പാടുന്നുണ്ടല്ലോ ഗ്രൈൻഡറിലും പാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസെറ്റ് എടുത്ത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഓഫ് ചെയ്ത ഓൺ ചെയ്താലോ അല്ലെ രണ്ടിലും വസ്തു ഒന്നാണ് പക്ഷെ സ്വഭാവം വേറെയാണോ ടേപ്പർ കോഡറ് തുറന്നിട്ട് അതിനകത്ത് മാവഴിച്ചാലോ അരിയിട്ടോ നാട്ടിയെടുക്കാനായിട്ടോ അപ്പൊ ഗ്രൈൻഡറിന്റെ പണി ചെയ്യുവോ അപ്പൊ ഉപാധി ഇതാണ് ഉത്തരം കൊടുക്കേണ്ടത് പക്ഷെ ജ്ഞാനേശ്വരൻ പറഞ്ഞു എരുമ എന്ന് നോക്കിയാൽ അത് പറയില്ല ഞാൻ അതിനെ കൊണ്ട് വേദം ചൊല്ലിപ്പിക്കാം എന്താന്ന് വെച്ചാൽ സർവാനുല്ലംഘ്യ ശാസനം എല്ലാത്തിനെയും ഉല്ലംഘനം ചെയ്തും ജ്ഞാനികൾക്ക് ശാസിക്കാൻ കഴിയും അപ്പോ ജാനേശ്വര എന്നാ എരുമയെ കൊണ്ട് വേദം ചൊല്ലിക്കാം നോക്കട്ടെ എരുമയുടെ അടുത്ത് ചെന്ന് നിന്നു എരുമയെ പരമാത്മാവായി കണ്ടുകൊണ്ട് ജ്ഞാനേശ്വരൻ പറഞ്ഞു വേദം ചൊല്ലൂ അഗ്നിമേളെ പുരോഹിതം എരുമയുടെ ശബ്ദത്തിൽ ചൊല്ലിട്ടുണ്ടാവും യജ്ഞസ്യവം ഋത്വജം ആരംഭിച്ചെടുത്തത് എരുമ ഒരു അന്ധം ഇട്ട് നിന്നുപോയി എരുമ വേദം ചൊല്ലണന്ന് കേട്ടപ്പോ എല്ലാരും ഭ്രമിച്ചു നിന്ന് പോയി എരുമയെ ആട്ടിക്കൊണ്ടുവരുന്ന ആളും പതുക്കെ എരുമയെ സാമീത് പിടിച്ചോളൂ നമുക്ക് വേണ്ട അയാൾ ഒരു മുസ്ലിം ആയിരുന്നു അത്രയും അയാള് പേടിച്ചുപോയി ചൊല്ലണോ നിങ്ങൾ എന്തെങ്കിലും ഒരു വിലയിട്ട് തന്നെ എരുമയെ വാങ്ങിച്ചോളൂന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആ ഗ്രഹാരത്തിലുള്ളവർ എല്ലാരും കൂടെ ഓരോ ഉറുപ്പി ആള് വീതം ഇട്ടിട്ട് എരുമയെ വാങ്ങിച്ച് ജ്ഞാനേശ്വരന്റെ കയ്യില് കൊടുത്തു സേഫായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ചൊല്ലുമ്പോ എവിടെയെങ്കിലും ഒക്കെ സ്വരം തെറ്റി എരുമ കറക്ട് ചെയ്താൽ പിടിച്ച് ജ്ഞാനേശ്വരന്റെ കൈ കൊടുത്തു അപ്പൊ ജ്ഞാനേശ്വരൻ ഈ എരുമയെ കൂട്ടിക്കൊണ്ടുപോയി ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുണ്ടല്ലോ അത് എഴുതി എഴുതിയിട്ട് ഈ എരുമയ്ക്ക് കാണിക്കൂ അത്രേ എരുമ സമ്മതം കൊടുക്കുന്നതാണ് തലയാട്ടിട്ട് ആ എരുമയുടെ സമാധി മഹാരാഷ്ട്രത്തിൽ ഒരിടത്തോണ്ട് അപ്പോ എന്താ വേദം അറിഞ്ഞവൻ ആരാണ് വേദം കാണാതെ ചൊല്ലി പഠിക്കണം അത് ബ്രാഹ്മണന്റെ ധർമ്മമാണ് അതിനെ നിന്ദിക്കാൻ പാടു ചെയ്യണം പക്ഷെ അതിന്റെ ലക്ഷ്യം എന്താണ് പരമാത്മാവിനെ അറിയല സാക്ഷാത്കാരം ബ്രാഹ്മണൻ വേദം പഠിക്കുന്നത് അവന് വേണ്ടിയിട്ടല്ല ലോകത്തിന് മുഴുവൻ മംഗളത്തിന് വേണ്ടിയാണ് ബ്രാഹ്മണന്റെ വേദാധ്യനം വേദാധ്യനം പതുക്കെ ഇവനെ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നു വേദത്തിന് മറ്റു പ്രയോജനങ്ങളും വേണ്ട സത്വം രജസ്വ തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രയോജനവും വേദത്തിനുണ്ട് അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ നമ്മളുടെ വിഷയമല്ല ഇവിടെ വേദത്തിനെ ആരാണ് ശരിക്കും അറിഞ്ഞവൻ എന്ന് വെച്ചാൽ പരമാത്മാവിനെ അറിഞ്ഞവൻ ആരോ വേദപുരുഷനെ അറിഞ്ഞവൻ ആരോ അവൻ വേദത്തിനെ സമഗ്രമായിട്ട് അറിഞ്ഞിരിക്കും സമഗ്രമായ വേദത്തിനെ അറിവ് എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് ആത്മാവിനെ അറിഞ്ഞവൻ വേദത്തിനെ അറിഞ്ഞിരിക്കും എന്താന്ന് വെച്ചാൽ എല്ലാ അറിവും ആത്മാവിൽ നിന്നാണ് ഉണ്ടാവുന്നത് വേദം തന്നെ ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എസ്യ നിശ്വസിതം വേദാഹഅ ആ പരമാത്മാവിന്റെ തന്നെ ശ്വാസോച്ഛ്വാസമാണ് വേദം അപ്പൊ ആ ഭഗവാനെ അറിയലാണ് വേദത്തിനെ അറിയൽ ഭഗവാനെ അറിയലിന്റെ ആദ്യത്തെ പടി എന്താ ഭഗവാൻ പറയുന്നു ഈ അശ്വത്ഥത്തിനെ അശ്വത്വത്തിനെ അറിയാം ൃക്ഷത്തിനെ അറിയാം ഈ ആല് എങ്ങനെ ഉണ്ട് ഊർധ്വമൂലം അതിന്റെ വേരു മുകളില് അധശാഖം അതിന്റെ ശാഖകൾ കൊമ്പുകൾ ചുവട്ടിലേക്ക് അശ്വത്ഥം പ്രാഹുഹു അവ്യയം അവ്യയമാണ് അവ്യയം എന്ന് വെച്ചാൽ നശിക്കാത്തത് എന്നർത്ഥം തീരാത്തത് എന്നർത്ഥം ചയിച്ചു അങ്ങനെയാണല്ലോ അല്ലെ കെറ്റിന്റെ വക്കില് എവിടെങ്കിലും ഒക്കെ ഒരു കല്ലിന്റെ ഇടുക്കൽ അത് പൊന്തും എത്ര മുറിച്ചാലും നമ്മൾ വേരോടെ കളഞ്ഞു എന്നൊക്കെ വിചാരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പതുക്കെ തല പുറത്തിക്കണം പൂല്യ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ അതിനെ തന്നെ എടുത്തു അതും ഈ വൃക്ഷത്തിന് ഊർധ്വമൂലം അതിന്റെ പേര് മുകളിലാണ് അധശാഖം ശാഖകളൊക്കെ ചുവട്ടിലേക്കാണ് അശ്വത്ഥം പ്രാഹുരവ്യയം ണാനി ഇതിന്റെ ഇലകൾ എന്താണ് ചന്ദസ്സുകളാണ് ഛന്ദസ്സുകൾ എന്നുള്ളതിന് പല ആചാര്യന്മാരും പല അർത്ഥം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാം ചന്താംസി എസ്യ പർണാനി ഈ വൃക്ഷത്തിനെ ആരാണോ സമഗ്രമായിട്ട് അറിഞ്ഞിട്ടുള്ളത് സവേദവിദ് അവൻ വേദത്തിനെ അറിഞ്ഞു ഒരു വൃക്ഷത്തിനെ എങ്ങനെ സമഗ്രമായിട്ട് അറിയാൻ കഴിയും ഒരു വൃക്ഷത്തിനെ എങ്ങനെ അറിയും അതിന്റെ വിത്തിനെ അറിഞ്ഞാൽ വൃക്ഷത്തിനെ അറിഞ്ഞു വിത്ത് തന്നെയാണ് വൃക്ഷമായിട്ട് വളർന്ന് നിൽക്കുന്നത് അല്ലെ വിത്ത് തന്നെയാണ് ആ വൃക്ഷമായിട്ട് വളർന്ന് നിൽക്കുന്നത് വിത്തിന്റെ ഉള്ളിൽ വൃക്ഷം അടങ്ങി കിടക്കുന്നു ബീജസ്യാന്തരിവാ ജഗതിർവികൽപ്പം പുനഃ മായാൽകാല കലന വൈചിത്രി ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയസ്വേച്ഛയ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ ബീജത്തിൽ അങ്കുരം എന്ന കണക്ക് പരമാത്മാവിൽ ചൈതന്യത്തിൽ നമ്മളുടെ സ്വരൂപത്തിൽ പ്രപഞ്ചമാകുന്ന ബൃഹത്തായ വൃക്ഷം അടങ്ങിക്കിടക്കും ഇതിന്റെ വേര് മുകളിലോട്ടും ശാഖകൾ ചുവട്ടിലോട്ടും പറഞ്ഞു സാധാരണ വേര് ചുവട്ടിലും ശാഖകൾ മോളുമാണ് അല്ലേ പക്ഷെ ഈ വടവൃക്ഷത്തിന് തന്നെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വിടും അതൊരു സ്വഭാവം പക്ഷെ ഈ വൃക്ഷം തലകിഴായിട്ട് തന്നെ വെച്ചോളാം എന്താ ഇപ്പൊ വേരു മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ വേരാണ് അതിന്റെ പ്രാപ്യസ്ഥാനം ബ്രഹ്മമാണ് അതിൽ നിന്നും തടിയായിട്ട് വിരിഞ്ഞതാണ് ആദികാരണം അതിനെ എങ്ങനെ വേണമെങ്കിൽ പറയാം മഹത്തത്വം എന്ന് പറയാം അഹങ്കാരം ഇതൊക്കെയായിട്ട് പിരിഞ്ഞ് പതുക്കെ ശാഖോപശാഖകളായി ഈ വൃക്ഷം പെരുകുന്നു സംസാരമായിട്ട് പെരുകുന്നു സംസാരമായിട്ട് പെരുകി വരുന്നു അതൊരു സിമ്പിളായിട്ടൊരു വ്യാഖ്യാനം പറയാം ഈ അശ്വത്വത്തിന് ഈ ശരീരം തന്നെ അശ്വത്വ വൃക്ഷം സംസാരമാകുന്ന വൃക്ഷം അതിൽ തല കീഴ് എന്ന് പറഞ്ഞു വേര് മുകളിലാണ് ഈ വൃക്ഷം നിലനിൽക്കാൻ കാരണം എന്താ അജ്ഞാനമാണ് അജ്ഞാനമാകുന്ന വേര് എവിടെയാ നിൽക്കുന്നത് തലയുടെ ഉള്ളിൽ അല്ലെ ബ്രെയിനില് മേലെയാണ് വേര് മേലയും ആ അജ്ഞാനത്തിന്റെ ഫലമായിട്ടുള്ള അനുഭവങ്ങളാകുന്ന ശാഖകളൊക്കെ എവിടെ ഉണ്ടാകുന്നു ഇന്ദ്രിയങ്ങളിൽ ഓരോ ഇന്ദ്രിയങ്ങളിലും ആയിട്ട് ചവിട്ടിലും പടർന്നു നിൽക്കുന്നു വളരെ എളുപ്പമാണ് ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ അശ്വത്വ വൃക്ഷം ഈ ശരീരം തന്നെ വൃക്ഷമായിട്ട് കണക്കാക്കിക്കൊള്ളുക ഈ വൃക്ഷത്തിന്റെ അജ്ഞാനം ജഡവും ചൈതന്യവും കൂട്ടിക്കൊഴിച്ചത് കൊണ്ടുള്ള ഭ്രമം ബുദ്ധിയിലും അതിന്റെ ഫലമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളിലൊക്കെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു ഇന്ദ്രിയങ്ങളായിട്ടും അംഗങ്ങളായിട്ടുമൊക്കെ ആ വൃക്ഷത്തിന്റെ ശാഖകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു അതിലൊക്കെ ഇലകൾ ഇലകളായിട്ട് ആഗ്രഹങ്ങൾ വാസനകൾ അതിൽ സുഖാനുഭവമായിട്ടുള്ള മധുരമുള്ള പഴവും ദുഃഖാനുഭവമായിട്ടുള്ള പുളിക്കുന്ന പഴവും ഈ രണ്ട് പഴത്തിനെയും അനുഭവിച്ചു ഒരു പക്ഷി ഇവിടെ ഇരുപ്പുണ്ട് ഈ രണ്ടു പഴവും അനുഭവിക്കാതെ നിശ്ചിന്തനായിട്ടിരിക്കുന്ന ഒരു പക്ഷിയും ഇവിടെ ഇരുപ്പുണ്ട് ഈ രണ്ടു പക്ഷിക്കും അപ്പുറം ഇതിനെ രണ്ടിനെയും ചേർത്തി കൊണ്ടുള്ള ഒരു പക്ഷിയെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയാൻ പണം അപ്പൊ ശരീരമാവുന്ന വൃക്ഷം ആ വൃക്ഷത്തിൽ ഇരിക്കുന്ന സമാനം വൃക്ഷം പരിഷസ്വജാ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശ്നന്യോ അഭിജാഗീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീഷയാന്യമീശം ഉപനിഷത്ത് ഇതിന്റെ അർത്ഥം നമ്മൾ കാണാം ഈ വൃക്ഷം ഈ വൃക്ഷത്തിന് വേര് ബ്രഹ്മമാണ് എന്നുവെച്ചാൽ പരമാത്മാവിൽ നിന്നാണ് ഇത് പൊന്തിയത് അതുകൊണ്ട് അതിന്റെ മൂലം വേര് അധ ശാഖം പുറമേക്ക് ശാഖകളായി പടർന്നു പന്തലിച്ചു പിടികിട്ടാത്ത വിധത്തിൽ വളർന്നു നിൽക്കുന്നു സംസാരം ഊർധ്വം പ്രസൃതാസ്താഖാ ചൊവ്വട്ടിലേക്കും മുകളിലേക്കും അതിന്റെ കൊമ്പുകൾ ശാഖകൾ പടർന്നിട്ടുണ്ട് എന്തൊക്കെയാ ശാഖകൾ എന്ന് വെച്ചാൽ ഇതിന് മുമ്പിലത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ഊർധ്വം ഗന്തി സത്വസ്ഥ മധ്യേതിഷ്ഠന്തി രാജസാഹ ജഗന്യ ഗുണവൃത്തിസ്ത അധോ ഗന്തി താമസാഹ എന്ന് പറഞ്ഞു ഈ ശാഖകളുടെ പടർന്ന് പന്തലിക്കലാണ് സത്വഗുണത്തിലുള്ള ശാഖലക്ക് വേരിനോട് അടുത്തു പോകുന്നു രജോ ഗുണത്തിന്റെ ശാഖകൾ നടുവിൽ നിൽക്കുന്നു തമോ ശാഖകൾ ചുവട്ടിലേക്ക് പടർന്നു നിൽക്കുന്നു ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെ അനേകം ശാഖകൾ ഈ ശാഖകളിൽ ചന്താംസി പർണാനി ഇലകളൊക്കെ വേദങ്ങളാണ് ഇതിന് വൈദികമായ കർമ്മങ്ങൾ കൊണ്ട് ഈ സംസാരവൃക്ഷത്തിനെ പോറ്റുന്നത് കൊണ്ട് വേദങ്ങൾ എന്നൊരർത്ഥം പറയുന്നു പറഞ്ഞു കാണുന്നു അതല്ലാതെ മറ്റൊരർത്ഥം ഛന്ദാംസി എന്നുള്ളതിന് വാസനകൾ ആശകൾ എന്നൊരർത്ഥം പറഞ്ഞു കാണുന്നു അങ്ങനെ ആവുമ്പോ ഇത് യോജിക്കും നല്ലവണ്ണം യോജിക്കും ആഗ്രഹങ്ങളുടെ രൂപത്തിൽ ഇതിൽ ഇലകൾ ധാരാളം മുളച്ചു പൊന്തി നിൽക്കും ഛന്ദാംസിനാനി അധശ ഊർധം പ്രസുതാസ്ത ശാഖ ഈ വൃക്ഷം എങ്ങനെയാ നല്ലവണ്ണം പുഷ്ടിപ്പെട്ടു വളരുന്നത് ഈ സംസാരവൃക്ഷം എന്ന് വെച്ചാൽ ഗുണപ്രവൃ സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളാണ് ഇതിനകത്ത് വളം കൂട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിങ്ങനെ പുഷ്ടിപ്പെട്ടു വളരും അതില് ഗുണപ്രവൃദ്ധ അതിലിങ്ങനെ തളിരുകൾ വന്ന് കൊമ്പുകൾ ഇങ്ങനെ മുളച്ചു മുളച്ച പൊന്തു വിഷയപ്രവാളാഹ വിഷയസുഖം ലോകസുഖങ്ങളെ അനുഭവിക്ക ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ് ഈ വൃക്ഷം ചുവട്ടിലേക്കും മേലോട്ടക്കുമായിട്ട് അതിന്റെ വേരുകളും മറ്റുമൊക്കെ പടർന്നു നിൽക്കുന്നു അത് എന്ത് ചെയ്യുന്നു ആ വൃക്ഷം എന്ന് വെച്ചാൽ കർമാനുബന്ധീനി മനുഷ്യ ലോകെ നമ്മൾ ഈ മനുഷ്യലോകത്തിൽ കർമ്മങ്ങൾ കൊണ്ട് പിടിച്ച് കെട്ടിയിടും രജോ ഗുണം തമോ ഗുണം സത്വഗുണം ഈ മൂന്ന് ഗുണം അതോടൊപ്പം പ്രാരബം ആഗാമി സഞ്ചിതം എന്ന മൂന്ന് കർമ്മങ്ങൾ കൊണ്ടും നമ്മളെവിടെ ബന്ധീനി പിടിച്ചു കെട്ടിയിടും നമ്മളുടെ സംസാരത്തിന്റെ ഒരു വിവരണമാണ് സംസാരം എന്ന് വെച്ചാൽ എന്താ മനസ്സ് തന്നെ സംസാരം അല്ലെ പുറമേക്ക് എവിടെ സംസാരത്തിന് അന്വേഷിക്കും നമ്മളുടെ മനസ്സ് തന്നെയാണ് സംസാരം മനസ്സ് തന്നെയാണ് ഈ വൃക്ഷത്തിന്റെ മേഘർ പോർഷൻ മനസ്സ് എവിടുന്ന് പൊന്തി ആലോചിച്ചു മനസ്സ് എവിടുന്ന് പൊന്തി ഇത്രയൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഈ മനസ്സ് ജാഗ്രതയിലും അല്ലേ വിഷമിപ്പിക്കുള്ളൂ സ്വപ്നത്തിലും വേണമെങ്കിൽ വിഷമിപ്പിക്കായിരിക്കും സ്വപ്നത്തിലും ജാഗ്രത്തിലും സുഖമായിട്ട് ഉറങ്ങിയപ്പോ ഇയാൾ എവിടെ പോയി എവിടെ എടുത്ത് ചെന്ന് ലയിച്ചു രാവിലെ എണീറ്റപ്പോ വിജൃംഭണം എന്നാണ് അതെങ്ങനെ വിരിഞ്ഞു പകുതി വിരിഞ്ഞ സ്വപ്നം നല്ലവണ്ണം വിരിഞ്ഞ ജാഗ്രത് അല്ലേ അതേപോലെ പകുതി കൂമ്പിയാ സ്വപ്നം നല്ലവണ്ണം കൂമ്പിയാ ഉറക്കം മനസ്സിന്റെ സങ്കോചവികാസമാണ് അപ്പൊ ഈ മനസ്സ് എവിടുന്നു പൊന്തി അതിനൊരു മൂലം ഉണ്ട് പൊന്താനൊരു സ്ഥാനമുണ്ട് ആ പൊന്തുന്ന സ്ഥാനം ഏതാണ് സ്വരൂപമാണ് ഈശ്വരനിൽ തന്നെ പൊന്തി ഈശ്വരനിൽ അല്ലാതെ എവിടുന്നു പൊന്തും മനസ്സ് പരമാത്മാവിലല്ലാതെ മനസ്സ് എവിടെ പൊന്തും നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമായ നമ്മളെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്നും അനിർവചനീയമായ മായ കൊണ്ട് ഈ മനസ്സെങ്ങനെ പൊന്തുന്നു അപ്പൊ മനസ്സ് പൊന്താനുള്ള ഉറവിടം ാണ് നമ്മളുടെ സ്വരൂപം ആ പൊന്തുന്ന മനസ്സ് തന്നെ ഈ വടവൃക്ഷം അനേക ശാഖകളായിട്ടും വാസനകളായിട്ടും ആഗ്രഹങ്ങളായിട്ടും നമ്മൾ പഠിച്ചതൊക്കെ മനസ്സിലല്ലേ ഉള്ളത് വേദങ്ങൾ എന്ന് പറഞ്ഞാലും വേദം പഠിച്ച ആളാണ് പറയുന്നതെങ്കിൽ ചന്ദാംസി എ സിയെ പറഞ്ഞാൻ അത് പഠിച്ച വേദങ്ങളൊക്കെ എവിടെ ഉണ്ട് ഈ മനസ്സിന്റെ ഉള്ളിലാണ് വേദത്തില് ഒരു ആചാര്യന് ഒരു ശിഷ്യന് പഠിപ്പിച്ചു പയിഞ്ചു ദിവസം ഒന്നും ആഹാരം കഴിക്കരുത് വെള്ളം മാത്രം കുടിക്കൂന്ന് പറഞ്ഞു വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു പതിനഞ്ചാമത്തെ ദിവസം ഋഗ്വേദം വധ ഒന്നും തോന്നണില്ല യജുർവേദം പറയൂ ഒന്നും തോന്നണില്ല സാമവേദം ഒന്നും തോന്നണില്ലാന്ന് ശരി ഇത്തിരി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ ആ ഒക്കെ പറയാൻ തുടങ്ങി മനസ്സ് പ്രവർത്തിച്ചാൽ ഇതൊക്കെ ഉണ്ട് മനസ്സടങ്ങിയാൽ ഇതൊക്കെ അടങ്ങി അപ്പൊ മനസ്സിലാണ് ഈ ശാസ്ത്രങ്ങളും വേദങ്ങളും അതേപോലെ ആഗ്രഹങ്ങളും രാഗദ്വേഷങ്ങളും ഒക്കെ നിൽക്കണം സംസാരം ജഗത്ത് തന്നെ ഈശാവാസ്യം ഇതം സർവം യത്യാവും ജഗത് എന്ന ഭാഷ ലോകം എന്താണ് എന്നുള്ളതിന് ആചാര്യസ്വാമികൾ പറഞ്ഞു കർത്തൃത്വത്വ രാഗദ്വേഷം ജഗത് എന്നാണ് അത്രയേ ഉള്ളൂ ജഗത്ത് വളരെ എളുപ്പം വ്യാഖ്യാനം ലോകം എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ് അവർഷൻ ഡൂവേർഷിപ്പ് എൻജോയർഷിപ്പ് നിങ്ങളെ സംബന്ധിച്ച് എനിക്കുള്ളത് രാഗദ്വേഷം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടാൽ ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ രൂപം എന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അവരുടെ രൂപം ഉള്ളിൽ പതിയും അത് രാഗം അതിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ എനിക്ക് വെറുപ്പ് തോന്നിയാൽ ദ്വേഷം തോന്നിയാൽ ഇവിടുന്ന് പോകുമ്പോൾ അവരുടെ രൂപവും വന്നുകൊണ്ടിരിക്കും ഉള്ളില് ദ്വേഷം ഇങ്ങനെ രാഗദ്വേഷത്തോടുകൂടെ ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പല ആളുകളുമായും പല വസ്തുക്കളുമായി ബന്ധപ്പെടുന്നതു കൊണ്ട് സംസ്കാരമാണ് ലോകത്തിൽ നമ്മൾ പല കാര്യത്തിൽ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കണതു രാഗദ്വേഷം ഇനി എന്നെ സംബന്ധിച്ചുള്ളതാണ് കർത്തൃത്വം ഭോക്തൃത്വം എത്രയൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഗീതയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സുഖം ഇത് കൊഴപ്പം പറ്റി പറഞ്ഞാൽ രാത്രി ഒന്നും ഉറക്കം വരണില്ല കർതൃത്വം ഭോക്തൃത്വം കർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ ഒരു സുഖം സുഖാ രസാസ്വാദം അത് എനിക്ക് എന്നിൽ തന്നെ നിൽക്കുന്നതാണ് കർത്തൃത്വവും ഭോക്തൃത്വവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് രാഗദ്വേഷം ഇതുകൊണ്ടാണ് ജഗത്തിനെ ഇങ്ങനെ വളർത്തി പുഷ്ടിപ്പെടുത്തി നിർത്തിക്കൊണ്ട് നിൽക്കുന്നത് പ്രപഞ്ചമാവുന്ന ഈ വൃക്ഷം അതിന്റെ മേജർ പോർഷൻ മനസ്സാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുക ഈ കാവ്യം അവിടെ നിൽക്കട്ടെ അനുഭവത്തിൽ മനസ്സിലാക്കിയാൽ പ്രപഞ്ചമാവുന്ന വൃക്ഷത്തിന്റെ പ്രധാന ഭാഗം എന്താണ് മനസ്സാണ് ആ മനസ്സ് വളരാൻ മൂലമായിട്ട് നിൽക്കുന്ന വേര് വേര് എന്ന് പറഞ്ഞപ്പോ വിത്ത് വിത്താണ് ബ്രഹ്മം യോഗവാസിഷ്ടത്തിൽ രാമനോട് വസിഷ്ഠൻ പറഞ്ഞു രാമസ്വാത്മവിചാരോയം കോഹംസ്യാമിതി രൂപക ചിത്ത ദുർദ്രുമീജസ് ദഹനേ ദഹനസ്മൃത ഈ ചിത്തമാവുന്ന വൃക്ഷത്തിന്റെ വിത്ത് കത്തിക്കാനുള്ള അഗ്നിയാണ് ജ്ഞാനം എന്നാണ് വിത്ത് കത്തിക്കുക എന്ന് പറയണത് ദഹനം അല്ലാതെ മുറിച്ച പോരാത്ര അപ്പോ ഈ വിത്ത് വിത്തിൽ നിന്നുമാണ് ഈ വൃക്ഷം പൊന്തി വരുന്നത് വെറുതെ ഈ വൃക്ഷമായിട്ട് ഇപ്പൊ ചിത്രീകരിച്ചുവല്ലോ ഈ പ്രപഞ്ചം തന്നെ ഈ വാസനകളൊന്നും ഇല്ലെങ്കിൽ രാഗദ്വേഷം ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ എന്തായിരിക്കും ഇതേ ചോദ്യം വധിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ ലോകത്തിനെ നിന്ദിക്കുന്നതായിട്ട് തോന്നും ആചാര്യസ്വാമികൾ രാഗം ദ്വേഷം എന്നൊക്കെ പറഞ്ഞപ്പോ അതങ്ങടെ എടുത്തു കളഞ്ഞാൽ ബാക്കി എന്തോണ്ടാവും അപ്പൊ ഇതൊന്നും കാണില്ലേ രാഗവും ദ്വേഷവും ഒക്കെ ഉള്ളു പോയി ഉള്ളിൽ കർത്തൃത്വവും ഭോക്തൃത്വവും പോയാൽ അപ്പൊ ഇവിടെ എന്ത് കാണും എന്ന് വെച്ചാൽ വിശ്വം വിഷ്ണുഹു ആദ്യ വിഷ്ണു സഹസനാമത്തിലെ ആദ്യത്തിന്റെ ശ്ലോക ആദ്യത്തെ നാമത്തിന്റെ അർത്ഥം അപ്പൊ നമുക്ക് മനസ്സിലാവും വിശ്വസ്മീ നമ എന്ന നാമത്തിന്റെ പൊരുൾ അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൊ ഭാഗവതത്തിലെ രണ്ടാമത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായവും മനസ്സിലാവും ജഗത്ത് മുഴുവൻ നാരായണ സ്വരൂപം കാണുന്നതൊക്കെ ഭഗവാന്റെ യാതൊന്നും കാണുമ്പത്തു നാരായണ പ്രതിമ അപ്പോഴേ പിടി കിട്ടുള്ളൂ അത് പോകുന്നതിനു മുമ്പ് അത് നാരായണനായിട്ടല്ല നമുക്ക് തോന്നുന്നത് തലകീഴായിട്ട് നിൽക്കുന്ന ഈ മരമായിട്ട് തോന്നുന്നു ഈ വൃക്ഷമായിട്ട് തോന്നുന്നു ഊർധ്വമൂലം അധഃശാ അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാം പർണാനി യസ്ഥ ഊർധ്വം പ്രസതാസ്താഖാ ഗുണപ്രവൃദ്ധ വിഷയപ്രവാളാഹ് ലോകവുമായിട്ട് ബന്ധപ്പെടുമ്പോ എന്തൊക്കെ ഉണ്ടാകുന്നു വിഷയം വിഷയസുഖങ്ങളിലുള്ള ആസക്തി വെറുപ്പ് ഇതൊക്കെ കൊണ്ടുള്ള പടർന്ന് പടർന്ന് പടർന്ന് പന്തലിക്കുന്നു അദശമൂലാനി അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ പക്ഷേ ഈ വൃക്ഷത്തിന് സമഗ്രമായിട്ടൊരു രൂപം നമുക്ക് കാണാൻ വയ്യ വിട്ടുനിന്ന് നോക്കുമ്പോഴേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതിങ്ങനെ ഒരു വൃക്ഷമാണെന്നും ഇത് പടർന്നു പന്തലിച്ചിരിക്കുന്നുവെന്നും ഇതിൽ അനേക സുഖ ദുഖങ്ങളാവുന്ന ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ട് ഒരു പക്ഷിയായിട്ട് നമ്മൾ ഇരിക്കണമെന്നും ഒക്കെ അതിന്ന് വിട്ടു നിൽക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ സ്വപ്നത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളിപ്പോ സ്വപ്നം കാണുകയാണ് ഉം കൊടും കാട്ടില് നടക്കുന്നതായിട്ടും ഘോര മൃഗങ്ങളുടെ ഗർജനം കേൾക്കണതായിട്ടും വിഷമിക്കുന്നതായിട്ട് ആഹാരം കിട്ടാതെ നടക്കുന്നതായിട്ടും സ്വപ്നം കാണും അങ്ങനെ സ്വപ്നം കാണുമ്പോ നല്ല സുഖമായി എ സി റൂമിൽ കിടന്നുറങ്ങുമ്പോഴാണ് ഈ സ്വപ്നം അപ്പൊ ഇതുപോലെ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഏ ഇത് വെറും സ്വപ്നമാണ് വെറും കള്ളമാണ് എഴുന്നേക്കൂന്ന് പോടോ തനിക്ക് ഈ വേദാന്തമൊക്കെ പറയാം ഞാനല്ലേ അനുഭവിക്കണത് എന്ന് പറയും അല്ലേ അപ്പൊ ആ സ്വപ്നത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കില്ല എപ്പൊ സ്വീകരിക്കും ഉണർത്തി വിട്ടാലേ സ്വീകരിക്കുള്ളൂ അത് ഇന്ന് എഴുന്നേറ്റാൽ ആ യു റെക്കഗ്നൈസ് ഓൺലി എ ഡ്രീം വെറും സ്വപ്നമാണ് കള്ളമാണെന്ന് എഴുന്നേൽക്കുമ്പോ ഇനിയിപ്പോ ആര് തന്നെ പറഞ്ഞാലും ഇന്നലെ കണ്ടത് വാസ്തവാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വന്നു പോകും ഇന്നലെ എന്റെ അടുത്തുനിന്ന് ആയിരം ഉറപ്പ വാങ്ങിച്ചില്ലേ തൊരു എപ്പോ ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ ചോദിക്കാൻ പറപ്പെട്ടെ കുഴപ്പവും അപ്പൊ എഴുന്നേറ്റ് കഴിയുമ്പോ മനസ്സ് കാണിച്ച് വെറും ഒരു ചിത്രമാണ് എന്ന് മനസ്സിലാവും ഇന്ന് തെളിയും പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ രൂപം നമുക്ക് ഒന്നും പിടികിട്ടില്ല അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം േഹ തഥോപലഭ്യതന്ദോനർ സംവമസേഹ തഥോപലഭ്യത നന്ദോ നാദർന പ്രതിഷ്ഠ ദൃഢേ അശ്വേം അസംഗശ്രേണേന തദ് പദം തത് പരിമാർഗിതവ്യം എസ്വർത്തൂയ ൂയ പ്രവൃത്തി പ്രസാദ പുരാണ അഹ തന്നാദി ന ठ अत्थम एनम सुविूमूलंगशस्ेण दृढ़ तत परिमार्गितव्यं, परम तत्परीव न निवर्त भूय तमेव च पुरुषं प्रपद्ये प्रसृता पुराणी അത്ഭുതമായ മന്ത്രസദൃശമായ ശ്ലോകങ്ങളാണ് ഈ വൃക്ഷത്തിനെ സംസാരമാവുന്ന വൃക്ഷം സംസാരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം അതിന്റെ രൂപമൊന്നും പിടികിട്ടില്ല സംസാര സ്വപ്നാദിസുല സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ അസത്യവത്ഭവേത് സ്വകാലത്തിൽ സത്യം പോലെ തന്നെ തോന്നുന്നു ഈ സംസാരം അതിന്റെ ന രൂപം അസ്യ ഉപലഭ്യതേന്ന് ഈ വൃക്ഷമായിട്ടും ഏറെ വേരും ചുവട്ടിലും ഒക്കെ പറഞ്ഞുവല്ലോ ഇത് ബഹിർമുഖ വൃത്തിയായിട്ടുള്ള ഒരാൾക്ക് ഇത് എവിടുന്നു പൊന്തുണു ആദ്യ എവിടെ അന്തം എവിടെ ഒന്നും പിടികിട്ടില്ല ഈ വൃക്ഷത്തിന്റെ ഉം അതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള പുറമേക്കുള്ള ഗവേഷണങ്ങളൊക്കെ തന്നെ ഒരിടത്തും എത്താതെ നിൽക്കുന്നത് റിസർച്ച് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു ഈ പ്രപഞ്ചം എവിടുന്നുണ്ടായി ഇന്ന് പോലും ഇന്ന് പോലും പറഞ്ഞുകൊണ്ടിരുന്നു ഇതില് കുറച്ചറിവുള്ള ഒരാൾ പറഞ്ഞു ഇപ്പോ ഒരു ബേസിക് പാർട്ടിക്കളിന് വേണ്ടി അന്വേഷിക്കുകയാണ് അത്രേ പ്രപഞ്ചത്തിന് അതിനായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തുനിന്ന് ധാരാളം ഡോളർ വാങ്ങിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താ ബേസിക് പാർട്ടികളു പേര് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഗോഡ് പാർട്ടിക്കൾ എന്നാണ് അതിനവര് പേര് വെച്ചിരിക്കുന്നത് ഗോഡ് പാർട്ടികളാണ് അതായത് ഏതൊന്നിൽ നിന്നും സർവവും പൊന്തി വന്നുവോ അതിനെ പുറമേക്ക് അന്വേഷിച്ചു നോക്കുക അങ്ങനെ ഒരുപക്ഷെ അന്വേഷിച്ച് മുട്ടി മുട്ടി മുട്ടി മുട്ടി മുട്ടി തുറന്നാൽ പോലും ഒരാൾക്കേ തുറക്കുള്ളൂ പിന്നെ ഓരോരുത്തരും അവരവരായിട്ട് മുട്ടി തുറക്കണം മറ്റ് ശാസ്ത്രീയ ഗവേഷണങ്ങൾ പോലെ ഭൂമി ഉരുണ്ടതാണ് ഒരാൾ കണ്ടുപിടിച്ചു ബാക്കിയുള്ളവർക്ക് സ്വീകരിച്ചു എന്നുള്ളത് ഈ കാര്യത്തിൽ പറ്റില്ല ഓരോരുത്തരും ഓരോ വ്യക്തിയും വൈയക്തികമായിട്ട് ഇയാള് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തണം അല്ലേ വഴി വേണമെങ്കിൽ പറയാം ഉപനിഷത്തുകളൊക്കെ പറഞ്ഞ പോലെ ഉപനിഷത്തുകളൊക്കെ പറയുന്നു ഈ സത്യത്തിനെ അത് കണ്ടെത്തിയാലേ പരിപൂർണമായി ശാന്തി ഉണ്ടാവുള്ളൂ തമ ആത്മസ്ഥെ അനുപശ്യന്തി ധീരാഹ തേശാം ശാന്തിഹി ശാശ്വതി നേതരേഷാം എന്ന് ആ ആത്മാവിനെ കണ്ടെത്തിയാൽ സ്വരൂപത്തിനെ കണ്ടെത്തിയാലേ ശാന്തി ഉള്ളൂ ഇത് പറയുന്നു പക്ഷെ കണ്ടെത്തണ്ടേ നമ്മൾ തന്നെയല്ലേ പുറപ്പെടേണ്ടത് അനങ്ങളില്ലല്ലോ അപ്പോ ഈ അന്വേഷണം ബഹിരംഗ പരീക്ഷണം പുറമേക്കുള്ള ഈ പരീക്ഷണവും അന്വേഷണവും അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു സർവത്ര അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ അന്വേഷിച്ച് എവിടെയൊക്കെയോ എത്തിക്കഴിഞ്ഞു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നു ഒരിടത്ത് നക്ഷത്രങ്ങളൊക്കെ പോയി പറഞ്ഞുപോകണു അത്രേ അതെന്താണത് എനർജിയൊക്കെ വലിച്ചു കളയുന്നു അത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആകെ മൊത്തം പ്രപഞ്ചത്തിന് ഒന്ന് എവിടുന്ന് പൊന്തി സ്ഫോടനം നടന്നുക്കെ പറയുന്നുണ്ട് ബിഗ് ബാങ്ക് തിയറി എവിടെ സ്ഫോടനം നടന്നു ഏത് സ്ഥലത്തിൽ സ്ഫോടനം നടന്നു ഏത് ദേശത്തിലാണ് ഈ സ്ഫോടനം നടന്നത് ആദ്യമായിട്ട് പ്രപഞ്ചം എവിടെ ഉണ്ടായിരുന്നു തൃപ്പുണിതറയില് ഒരു സ്ഫോടനം നടന്നിട്ട് പ്രപഞ്ചം ഉണ്ടായി അപ്പൊ തൃപ്പുണിത്തറ എവിടെന്നുണ്ടായി ഇനി ഉത്തരം പറയും അല്ലേ അപ്പോ അവസാനം പിടികിട്ടില്ല എന്താ ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ ഈ സംസാരവൃക്ഷത്തിനെ പ്രപഞ്ചമായി കരുതികൊണ്ട് പ്രപഞ്ചത്തിൽ അന്വേഷിച്ചാൽ പിടികിട്ടുകയേ ഇല്ല എന്തൊന്നും എന്ത് പിടികിട്ടില്ല എന്നാ അന്തോ എന്നാ ആദിഹി ഇത് എവിടെ തുടങ്ങി എന്നും പിടികിട്ടില്ല ഇതിനൊരു അസ്തമനവും കണ്ടെത്താൻ പറ്റില്ല അന്വേഷിച്ചാൽ ഒന്നും പറയാമയ്യ എവിടെ തുടങ്ങി ഒന്നും പറയാമയ്യ എവിടെ അസ്തമിച്ചു പറയാമയ്യ അന്വേഷിച്ച് അസ്തമിക്കണവരെ നമുക്ക് നിക്കാൻ പറ്റുമോ അതിനു മുമ്പ് നമ്മളെ ഒരാൾ വന്ന് വിളിച്ചോണ്ട് പോകും തുടങ്ങിയ കാലത്ത് നമ്മൾ ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ അസ്തമിക്കുന്ന കാലത്തും ഉണ്ടായി നടുവിങ്ങനെ വന്നിട്ട് സിനിമയിലെ ഇടയിൽ വരുന്ന ഒരു റോൾ വരുന്ന ആളെ പോലെ നമ്മൾ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് പോകുന്നു ഇത് തുടങ്ങുമ്പോഴും ഇല്ല അവസാനിക്കുമ്പോഴും ഇല്ല അപ്പൊ എന്തു പറയാൻ പറ്റും അന്തോ എന്നാ ആതിഹി എന്നുവെച്ചാൽ സംപ്രതിഷ്ഠ ഇതിന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ സോഴ്സ് സബ്സ്ട്രാറ്റം ഇത് എവിടെ നിൽക്കുന്നു ഈ വിശ്വം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാലും ഒരു പിടിയില്ല എവിടെ നിൽക്കും ആർക്കും മടി മറ്റോ പറഞ്ഞു അത്രേ ഈ വിശ്വത്തിന് ഒരു നടുവ് കുറ്റി കിട്ടിയാൽ അത് പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരു സെന്റർ കിട്ടിയാൽ ഞാൻ ലോകത്തിനെ മുഴുവൻ പിടിച്ച് ഇളക്കി തരാമെന്ന് പറഞ്ഞു അത്രേ അദ്ദേഹത്തിന് കിട്ടിയില്ല പാവം എന്താന്ന് വെച്ചാൽ പുറത്ത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം തന്നെ ആയിട്ട് ആ കുറ്റി ഉണ്ടായിരുന്നു ആ കുറ്റിയെ അദ്ദേഹം പുറത്ത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ ആ കുറ്റി പുറത്ത് അന്വേഷിച്ചാൽ നൂപമസ്യേഹ തഥോപലഭ്യത്തെ ന അന്തോ നജ ആദിഹീന സമ്പ്രതിഷ്ഠ അപ്പൊ എന്താണ് സാധാരണ ആളുകൾക്ക് ബുദ്ധി ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും സാധാരണ ആളുകൾ പലതും ചോദി എങ്ങനെ ലോകം ഉണ്ടായി എന്ന് ചോദിക്കും അപ്പൊ എല്ലാവർക്കും എല്ലാ എക്സ്പ്ലനേഷനും കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് പറയും ബ്രഹ്മാവ് ഉണ്ടാക്കി എന്ന് പറയും ക്രിസ്ത്യാനികളും പറയും കർത്താവ് ഏഴ് ദിവസം കൊണ്ട് മണ്ണൊക്കെ ഒരു സപ്താഹമാണ് അവിടുത്തെ തുടങ്ങിയവിടെ ഏഴു ദിവസം കൊണ്ട് മണ്ണ് കൊണ്ടോ ഉണ്ടാക്കി എന്ന് പറയും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ എക്സ്പ്ലനേഷൻ വേറെ കുറച്ച് അങ്ങോട്ട് പോയാലോ പഞ്ചഭൂതങ്ങൾ ഓരോന്നോ ഓരോന്നായി പിരിഞ്ഞു വന്ന് ലോകം ഉണ്ടായിരുന്നു ആചാര്യസ്വാമികൾ തന്നെ ഉപനിഷത്ത് ഭാഷയത്തിലുള്ള ഒരിടത്ത് ചോദിക്കുന്നു എന്താ ഈ ഓരോ സ്ഥലത്ത് ഓരോ മാതിരി പറയണതാണെന്ന് സൃഷ്ടിക്രമം എന്താ ഓരോ പോലെ എന്നിട്ട് ശങ്കരൻ തന്നെ ഉത്തരം പറയുന്നു അവിവക്ഷിതായ സൃഷ്ടിക്രമ സൃഷ്ടിക്രമത്തിനെ കുറിച്ച് പറയണമെന്ന് വേദമാതാവിന് യാതൊരു താല്പര്യവും ഇല്ല പിന്നെ എന്തിനു പറയണു എന്ന് വെച്ചാൽ കുട്ടിയെ ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മ ചിലപ്പോ കഥ പറയും അതുപോലെ അപാരകരുണയോട് ശ്രുതിമാതാവ് പറഞ്ഞു തരുന്ന ഒരു കടങ്കഥയാത് എന്ത് കഥ പറഞ്ഞു കൊടുത്തു എന്ന് വച്ചാ ഒരു അമ്മ പറഞ്ഞുകൊടുത്തു മൂന്ന് കുട്ടികള് ഒരു വന്ധ്യക്ക് ജനിച്ചു അതിലൊരു കുട്ടി ഗർഭത്തിൽ പ്രവേശിച്ചിട്ടേ ഇല്ല ഒരു കുട്ടി ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല ഒരു കുട്ടി ജനിക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല ഈ മൂന്ന് കുട്ടികളും കൂടെ തീർത്ഥയാത്ര പുറപ്പെട്ടു മൊയലിന്റെ കൊമ്പ് ഒരു വില്ലും ആകാശകുസുമം തലയിൽ ചൂടി അവർ നടന്നു ഒരു വലിയ മരുഭൂമി അവിടെ എവിടെ നോക്കിയാലും കുളങ്ങളും നദികളും സരസുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ പോവാണ് കഥ പറയുമ്പോൾ ഈ കുട്ടിയുണ്ടല്ലോ കേട്ട് കേട്ട് ഫലം എന്താ ഉറങ്ങി നേരെ മറ്റേ ഈ കുട്ടി ചില കുട്ടികൾക്കൊന്നും കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആദ്യമേ അതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഉത്തരം പറയാൻ പറ്റില്ല ഹൗ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല അവിടെ തന്നെ കഥ നിന്നുപോകും അതുപോലെ മായ നമ്മളൊരു കടം കഥ പറഞ്ഞ് തരികയാണ് ഇവിടെ ഇങ്ങനെ ലോകമായിട്ട് അതിന്റെ ആദീവ അന്തമോ അന്വേഷിച്ച സമയം കളയാവും സമയം കളഞ്ഞുകൊണ്ടിരിക്കാം അതാണ് ലോകത്തിന്റെ ഉദ്ദേശവും ലോകത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയാൻ പാടില്ല പുറമേക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് കളിക്കാൻ ഓരോ സാധന സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കണം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ സയൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കും ഒരു സിദ്ധൻ ഒരു വല്യ ഒരു ധർമ്മശാസ്ത്ര പ്രഭാഷകന്റെ അവിടേക്ക് വന്നു ഒരു സയന്റിസ്റ്റിന്റെ അവിടേക്ക് അപ്പൊ ആ സയന്റിസ്റ്റ് അദ്ദേഹം ലോകത്തിന്റെ ആദിയും അന്തവും മറ്റു പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ സയന്റിസ്റ്റിന് ഒരു കുട്ടിയുണ്ട് അപ്പൊ ഇയാൾ ഒരു കളിപ്പാട്ടം വിൽക്കുന്ന ആളായിട്ട് വന്നു ഈ കുട്ടി പറഞ്ഞു അച്ഛനോടോ എനിക്കും കളിപ്പാട്ടം വേണമെന്ന് വന്ന് കരഞ്ഞു അപ്പൊ ആ കളിപ്പാട്ടം വിൽപ്പനക്കാരനെ വിളിച്ചു അനേകം ഭാവകൾ ഒന്ന് സ്ക്രൂ കൊടുത്താൽ ഇങ്ങനെ ബാൻഡ് വായിക്കുകയാണ് മറ്റൊന്ന് കാറ് ഓടുന്നു പലതരത്തിൽ രസമായ കളിപ്പാട്ടം അതിലെ നമ്മൾ കാണുമല്ലോ ഈ ജിഗ്സോ പസിൽ എന്താ പറയാ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലായിട്ട് കുറെ ബോള് അത് ഓരോന്നായിട്ട് കൊണ്ടുവന്ന നടുവിലുള്ള ദ്വാരത്തിൽ ഇടണം അപ്പൊ അതൊന്നും കണ്ടപ്പോ ഈ കുട്ടിക്ക് വലിയ ഇഷ്ടമായി വലിയ ഇഷ്ടമായപ്പോ അച്ഛൻ എടുത്തു കൊടുത്തു അച്ഛൻ ഇതൊന്ന് ഇട്ടു തരുമോ എന്ന് പറഞ്ഞു കുട്ടിക്ക് അഞ്ചാറ് വയസ്സേ ആയിട്ടുള്ളൂ അച്ഛൻ അത് എടുത്തിട്ട് അത് പതുക്കെ ഇട്ടു നോക്കുമ്പോൾ വിചിത്രം എന്താന്ന് വെച്ചാൽ രണ്ട് ബോള് പോയി മൂന്നാമത്തെ ബോള് വലുതും ദ്വാരം ചെറുതുമാണ് ഈ വലിയ ബോൾ ദ്വാരത്തിൽ എങ്ങനെ കടക്കും അദ്ദേഹം സയന്റിസ്റ്റാണല്ലോ അദ്ദേഹം വളരെ നേരം ആലോചിച്ചു ഇതെങ്ങനെ കടക്കും ഒരു വഴിയും കാണാനില്ല ശ്രമിച്ചു നോക്കി ഏതെങ്കിലും വഴിയുണ്ടോ ഈ ചെറിയ ദ്വാരത്തിൽ വലിയ ബോൾ ഒന്നും കാണാനില്ല അപ്പൊ അദ്ദേഹം ഇയാളോട് ഈ കളിപ്പാട്ടം വിൽപ്പനക്കാരനോട് ചോദിച്ചു ഡോ താൻ ഇങ്ങനെയൊരു സാധനം കൊണ്ടുവന്ന് വിത്തിട്ട് ഞാൻ വലിയ ശാസ്ത്രജ്ഞനാണ് എനിക്ക് തന്നെ ഈ വലിയ പന്ത് ഈ ചെറിയ ദ്വാരത്തിൽ ഇടാൻ ഒരു വഴിയും കാണാനില്ല ഈ അഞ്ചു വയസ്സ് കുട്ടി എങ്ങനെ ഇടും ചോദിച്ചു അപ്പൊ ആ സിദ്ധൻ പറഞ്ഞു ഇത് ഇടാൻ പറ്റും ഞാൻ പറഞ്ഞു അമ്മ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ വലിയ ബാള് ചെറിയ യുക്തി ആലോചിച്ചാൽ ഈ വലിയ ബാള് ഈ ചെറിയ ദ്വാരത്തിൽ ഇടാൻ പറ്റില്ല എന്ന് അറിയാം നിങ്ങൾ സ്വയമേവ കൽപ്പിച്ചതാണ് ഇത് വിൽക്കണത് കൊണ്ട് ഇടാൻ എന്തെങ്കിലുമൊക്കെ വഴിയോണ്ടാവണമെന്നും വെറുതെ മെനക്കിട്ടു അപ്പൊ ഇതെന്തിനാ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ലോകത്തിലെ പല പ്രശ്നങ്ങളും ഇതുപോലെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വലിയ പന്ത് ചെറിയ ദ്വാരത്തിൽ ഇടാൻ പറ്റാത്തതുപോലെ പല പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ പ്രശ്നം പരിഹരിക്കും സ്വപ്നത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും സ്വപ്നം വിട്ടു ഉണരൂ സ്വപ്നത്തിലെ മരുഭൂമിയെ എങ്ങനെ ഇല്ലാതാക്കും സ്വപ്നം വിട്ടു ഉണരൂ ഉണർന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമേ ഇല്ല പാൾ ബ്രണ്ടൻ രമണ മഹർഷിയെ കണ്ടപ്പോ പറഞ്ഞു ദർ ഇസ് നോ പ്രോബ്ലം ടു ബി സോൾവ് ദ പ്രോബ്ലം മസ്റ്റ് ബി ഡ്രോപ്ഡ് ഇറ്റ് നീഡ് നോട്ട് ബി സോൾവ് ഇവിടെ പരിഹരിക്കാനല്ല അതിനപ്പുറം പോകുക ഇവിടെ പരിഹരിക്കാൻ പ്രശ്നമേ ഇല്ല അതാണ് സദ്ഗുരുവിന്റെ ദർശനം ഉണ്ടാവുമ്പോ സംസാര സമുദ്രം സംസാര സമുദ്രം എന്ന് പറഞ്ഞുവല്ലോ ഭാഗവതത്തിൽ സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു ഒരു ശരിയായ സദ്ഗുരുവിനെ കിട്ടി തത്വോപദേശം ഏതേ തരന്തീഹ ഭവ അനിർതാംബുദ്ധിം എന്നാണ് ഈ സമുദ്രം തന്നെ കൺമുമ്പില് പറ്റിപ്പോകും സമുദ്രമേ ഇല്ല ഇവിടെ സമുദ്രം ഉണ്ടെന്ന് തോന്നിയതാണ് ഇവിടെ എന്തു സമുദ്രം അഖണ്ഡ സച്ചിദാനന്ദ ഒരു സത്യമേ ഉള്ളൂ ആ സത്യത്തിൽ സമുദ്രത്തിനെ ആരോപിച്ചു രാഗദ്വേഷങ്ങളെ ആരോപിച്ചു ജീവനെ ആരോപിച്ചു ബന്ധത്തിനെ ആരോപിച്ചു സംസാരത്തിനെ ആരോപിച്ചു തരണം ചെയ്യണം എന്ന് കൽപ്പിച്ചു കൽപ്പിച്ചു വിഷമിച്ചു അതിന് മാർഗം അന്വേഷിച്ചു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു അവസാനം ചെയ്ത ശ്രമത്തിനുമൊക്കെ തിരിച്ചു നോക്കിച്ചിരിക്കേണ്ടി വരും താൻ കിടന്നു പെടഞ്ഞതൊക്കെ താൻ തന്നെ നോക്കിച്ചിരിക്കും ഓ എന്തൊക്കെയാ കാണിച്ചത് എന്ന് തോന്നുന്നു എല്ലാം അസ്തമിച്ചു പോകുന്നു പക്ഷേ അതിന്റെ ഉള്ളിലിരിക്കുമ്പോ ആദിയും അന്തവും ഇല്ലാതിന് നന്തോച്ച ആദിഹി എന്നാച്ച സമ്പ്രതിഷ്ഠ അശ്വത്ഥമേനം ഈ അശ്വത്വത്തിന് എന്ത് ചെയ്യണം സുവിരൂഢ മൂലം വേരോടുകൂടി അല്പം പോലും ബാക്കിയില്ലാതെ അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ അനാസക്തിയോഗം എന്നുള്ള വാളുകൊണ്ട് സംഘമില്ലായ്മ എന്നുള്ള വാളുകൊണ്ട് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിക്കണം ഓ ഞങ്ങൾക്ക് വയ്യാലോ ഛേദിക്കാൻ വയ്യാലോ എന്ന് വെച്ചാൽ ഭാഗവിതത്തിൽ ദേവഭൂതി കപില ഭഗവാനോട് ചെന്നു പറഞ്ഞു കുഠാരമാണെന്നാണ് സദ്ഗുരുവിനെ ഒരു കുഠാരമായിട്ട് എനിക്ക് ഛേദിക്കാൻ വയ്യ അങ്ങ് ഛേദിച്ചു തരാം ഈ സംസാര വൃക്ഷത്തിനെ എങ്ങനെ ഛേദിക്കും തതഃപദം തത് പരിമാർഗിതവ്യം അതിന് ലക്ഷ്യം കാണിച്ചു ആ ഒരു പദത്തിനെ അന്വേഷിക്കണം ഏതു പദം യസ്മിൻ ഗതാഹ ന ഭൂയ ഏതൊന്നിനെ പ്രാപിച്ചാലാണോ കണ്ടെത്തിയാലാണോ വീണ്ടും തിരിച്ച് ഈ ലോകത്തിലേക്ക് ഈ സംസാരത്തിന്റെ ചുഴി ചുറ്റലിലേക്ക് വരാത്തത് ഭ്രമപഥത്തിലേക്ക് വരാത്തത് അതിനെ കാണിച്ചു അതിനെ എങ്ങനെ കാണിച്ചതെന്ന് എങ്ങനെ മനസ്സിലാക്കും അതിനൊരു വഴി പറഞ്ഞു തമേവച്ച ആദ്യം പുരുഷം പ്രപദ്ധ്യെ നോക്കണം ഒരു മന്ത്രം പോലെ ഇവിടെ ചേർത്തു ഭഗവാനെ ശ്ലോകം ചൊല്ലുന്ന പോലെയാണ് തമേവച് ആദ്യം പുരുഷം പ്രപദ്ധ്യേ യഥ പ്രവൃത്തി പ്രസൃത പുരാണി ഏതൊരു പരമപുരുഷനിൽ നിന്നാണോ ഈ പ്രവൃത്തി ഉണ്ടായത് ഈ സംസാരം പൊന്തിവന്നത് പടർന്നു പന്തളിച്ചു നിൽക്കുന്നത് ആ പരമപുരുഷന് ആ സർവേശ്വരന് ആ ആദിമൂലത്തിന് ശരണാഗതി ചെയ്യുന്നു പ്രപത്തിയെ എന്നാണ് പ്രപത്തി ചെയ്യുന്നു അൺകണ്ടീഷണൽ സറണ്ടർ ശരണാഗതി ചെയ്യുന്നു ആ പ്രഭുവിന്റെ കൃപ കൊണ്ട് ഈ സംസാരവൃക്ഷം വേരോടെ അറ്റുപോയി അതായത് സ്വപ്നം വിട്ട് ഉണരും സ്വപ്നം വിട്ട് ഉണരുമ്പോ മനസ്സ് അവിടുന്ന് അകന്നു പോകുന്നു മനസ്സ് കാണിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ ക്ഷണനേരം കൊണ്ട് നീങ്ങിക്കിട്ടും അങ്ങനെയുള്ള ആ പ്രഭുവിന്റെ കൃപയെ ആശ്രയിച്ചു കൊണ്ടുവേണം ഈ വൃക്ഷത്തിനെ വേരോടെ മുറിച്ചു കളയാൻ അതിനുള്ള മാർഗമാണ് ഭഗവാൻ അടുത്തത് പറയുന്നത് നമ്മള് നാണക്കാണ് ഓലാവനമ്രത്കിരീടം ഫാലനേത്രാചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവ്രേന്ദുചൂടം ഭജേ മാർബന്ധു ശംഭോ മഹാദേവേവാ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജദ്ുജംഗാ തരംഗാഭിരാമോത്തമാകാരവാടീകുറ സിദ്ധ സംസേവിതഘ്രിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ദ നിിന്ദശേഷോകേശ വൈരി പ്രതാ കാ കവരാഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവദിവദ ശംഭോ ശംഭോ മഹാദേവദേവർപ്പനീശം കാളകണ്ഠം മഹേശം മഹാവ്യോമകേശം ദന്തശോസൂര്യ പ്രകാശന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദവേവാ മൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ത്മാസി ത്വമവ തോന്നം മമ കിഞ്ചിസ്തിഥാപേം കൂർമാതൈ ത്മനം രമണം വധമ